ായ എമിനെ പറ്റിയമ്മ പറഞ്ഞു ഇനി ഫറദ് കിഫായ എഴിമേൽ നിന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നു ഏതാണ് ഏതെങ്കിലും അക്കസാമിൽ പറഞ്ഞല്ലാത്തതുമായി വേറുപെടണമെങ്കിൽ ഇൽമിന്റെ അക്കസാം ആകെ പറഞ്ഞാലേ നടക്കുള്ളൂ ഏതെല്ലാം ഗീസ് ആണ് പറന്നും ഏതെല്ലാം ഗീസ്മാണ് പറന്നല്ലാത്തെന്ന് പറയണമെങ്കിൽ ആദ്യം പട്ടാതെ ഇനങ്ങൾ ഉണ്ടല്ലോ ബട്ട് ഇന്ന് ഇന്ന ഇന്ന് ഇനങ്ങൾ പുറത്താകുന്നു ഇന്ന് ഇന്നത് പുറന്നല്ല എന്ന് പറയണമെങ്കിൽ അത് എക്സാം ആദ്യം ഉണ്ടണം അതാ പറയുന്നത് വൽ ടുമു ബിൽ ഇടില്ല നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഒരുങ്ങിയ ലക്ഷ്യത്തിലേക്ക് ചേർത്തിട്ട ഇൽമുണ്ടല്ലോ സംഘത്തിനുലാ ചെറയ്യത്തിൽ വാങ്ങി ചെറായി ഇല്ല ചെറയ്യായ ഇൽമ് റൈറു ചെറായിയായ ഇലമിങ്ങനെ രണ്ട് ദിവസം ആക്കുവാൻ ചെയ്യും എന്താ ചെറായി എന്ന് പറഞ്ഞാല് ബുദ്ധി കൊണ്ട് മാത്രം കിട്ടൂര് അമ്പ്യാമോലിങ്ങൾ അറേയും മുസ്ലാത്ത് മുസ്സലാം വന്നാലേ അത് കിട്ടൂള്ളന്ന് പറഞ്ഞു പത്തല്ലെണ്ണം റുക്കിന് ഇസ്കാ ഇന്നതാ വന്നും ഇസ്ലാത്തിന്റെ റുക്കിന് പതിനാലാണെന്നും ഇന്നതാണ് നസീബ് ഒന്നും ബുദ്ധി കൊണ്ടാലോ അടിയുണ്ടെന്നും അതേ തരത്തിലുള്ള വൈറസ് ചെറായി എന്ന് പറഞ്ഞാൽ അതിലുള്ള ആളുകൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാക്കുന്നില്ല ഒഴുകുമ്പ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാ മസ്തു മിനൽ അമ്പിയായി സുലഭാത്തായി താഴെ അവസലു അമ്പ്യാ മുലിങ്ങൾ കൂടി നമുക്ക് കരകതമായ എൽമേതാണോ അത ഉദ്ദേശിക്കുന്നു മാത്രമല്ല വലസരൽ അക്കല ഇടയിൽ അക്കല അതിലേക്ക് ഉണ്ടാക്കപ്പെടില്ല ഉർച്ചാദാക്കപ്പെടുകയും ചെയ്യില്ല അമ്പയാക്കളില്ലെങ്കിൽ അത് കിട്ടുകയും ചെയ്യൂല അക്കലെ ഒന്ന് കണക്കാക്കുക ചെയ്യില്ല മിറ്റിലൊരു ഹിസാബ് വലങ്ങി ഹിസാബ് എന്തിനു വിശാലാണ് അക്കലെത്തി ചെയ്യുന്നതിന് മാത്രമാറ്റിച്ച് പഠിക്കാൻ വേണ്ടി അമ്മിയ മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടില്ല അതേടെങ്കിലും കുറച്ച് നമ്മൾ കണക്കറിയുന്നാളെ കൊണ്ടത്തിൽ പോയാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് കണക്ക് പിടിച്ചു അതൊരു വലത്ത അജീപത്വം ചില അനുഭവ പരീക്ഷണങ്ങൾ കൂടി പരീക്ഷണം നടത്തിയിട്ട് ഇന്നും ഇന്നതിനെ കൊള്ളും ഇന്നത് ചെയ്താൽ ഇന്നതുണ്ടാവും ഇന്നത് കെമിക്കൽ റിയാക്ഷൻ അത് അതും എത്തിച്ചേരൂല ഏതുപോലെ തിപ്പ് പോലെ തിപ്പ് തജീപത്തും ഉണ്ട് എത്തുന്നതിൽ പെട്ടതും അതേപോലെ വല സ്ഥമാകുന്ന വേറാള വക്കുന്ന കേട്ടുപൊളിക്കലോത്തുപോലെ ലോകത്ത് വേറെ ഇല്ലാ ഈ സാധനത്തിന് ഇല്ലതാ വേദിന് വേറെ കേട്ട് കേട്ട് കേട്ട് പഠിച്ചാലും ഇതില്ല അമ്പിയ മുസ്ലിം അതൊന്നുമില്ല അപ്പൊ ആക്കരി അജീപത്വം സമ്മാനത്തിൽ എത്തിച്ചേരുന്നതിന് ഉദാഹരണങ്ങളാണ് ഇത് ഹിതാബ് ഹിബ് ഇതിൽ ലോകത്ത് മുതലായവ ഇതൊന്നും തല്ല അപ്പൊ ആദ്യ രണ്ട് ലിസ്മാക്കും ഒന്ന് ചിറായി മറ്റൊന്ന് കയറിച്ചറായി അമ്പിയാമർസങ്ങൾ വന്നാലേ അത് കിട്ടുകയുള്ളൂ എന്നെങ്കിൽ അത് ചിറവിയാകുമെന്ന് അല്ലാത്തതോ വയറു ചിറയ്യാണും വക്കപ്പോ കയറു ചിറായി തന്നെ അമ്പിയാക്കൾ പഠിപ്പിച്ചുകൂടാന്നുമില്ല എന്തൊക്കെ എന്നെ വെട്ടം മാറുമെന്ന് ഒരു എഴുതി പറഞ്ഞിരുന്നു പറഞ്ഞാ കുഴപ്പം ഇതെന്താ പറയുമെന്ന് പൽ മുല്ലാത്ത എഴുമുണ്ടല്ലോ അത് തങ്കസിമോ ഇലാ മാർവ് മഹമോദൻ വൈലാമാർവ് മതമോമൻ വൈലാമാർവ് മുബാഹൻ മൂന്നിനാണ് ഒന്ന് ശറയ് അംഗീകരിക്കപ്പെടുന്നുണ്ട് അൽപട്ടനെ ലഹിതാബും തിബല്ലം മേൽപ്പെട്ട മൂന്നും ഉണ്ടാകും കൈറു സറായി ആണെങ്കിൽ സെറാദിന് അംഗീകാരം കൊടുക്കുന്നുണ്ട് കണക്ക് പിടിച്ചുകൂടാമെന്ന് ഇച്ചിലും പറഞ്ഞില്ല ഭാഷ പൊടിച്ചുകൂടാമെന്ന് വെട്ടില്ല തിപ്പു പൊടിച്ചൂടൊന്നും പറഞ്ഞിട്ടില്ല വൈരാമാർവ് മതമോവുമുണ്ട് ഉദാഹരണത്തിന് ളെ തട്ടിപ്പാക്കാനുള്ള പണിയിലുണ്ടല്ലോ ആളെ പൊട്ടിച്ചിട്ട് അത് മതുമൂ വന്നുണ്ടോ മറ്റൊന്ന് മുബാഹു ഇങ്ങനെ മൂന്നിനാന്ന് റൈർ അതാ എന്തെല്ലാം ഓരോന്നും നോക്കാം റൈറുയിൽ നിന്നെല്ലാം മെഹമൂദു ഷെറായി മെഹമൂദ ഉണ്ടാവുള്ളൂ മഹമൂദ് ഏതാണ് മാർത്തപ്പെ ദുഞ്ഞാവിന്റെ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്റെ വൈറസ് അതിന്റെ തന്നെ മെഹമൂദ് ഉദാഹരണം കത്തി ഒന്ന് ചികിത്സ നല്ലൊരാസ്പത്രി അടങ്ങുന്നു ദുഞ്ഞാവിന്റെ കാര്യമൊക്കെ നടക്കണമെങ്കിൽ ഇത് ഒരു കൂടാണ്ട് കൈയ്യുമില്ല വൾ അതുപോലെ മാത്തമാറ്റിക്സ് ലോത്ത് പയ്യണ്ണും ഇത് ഖുർആനും ഹദീസും തിരിയാൻ ആവശ്യമായ ലോകത്ത് എന്താന്ന് മഹമൂദ്ല്ലോ എനിക്ക് എന്താ നടങ്ങൾ എനിക്ക് അതായത് സംബന്ധിച്ച് ഒരാൾ കേട്ടിട്ട് മുഴുവനും കാണാപ്പാടാക്കി ഏതുപോലെ ചെയ്യും അവനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആ ലോകത്ത് പഠിക്കണമെന്നില്ല രാജയായിരുന്നു പഠിക്കണമെങ്കിൽ ലോകത്ത് പഠിക്കാണ്ടിട്ട് ഹിത്താവിട്ട് റിവില്ല ആ ലോകത്ത് ശരിയാണെന്നെങ്കിൽ നെഹ് പഠിക്കാണ്ട് വച്ചില്ല അങ്ങനെ കൂട്ട് പോവും നെഹ്ബ് ശരിയാണെന്നെങ്കിൽ ഇവരെ വേണോ അതിന്റെ മറ്റേ ും ബിനെല്ലാം പഠിക്കണം അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പൊ നേർക്ക് നേരെ കേട്ടാൻ കഴിയൂല മതാലിക്ക ഈ മെഹമൂദിനത്തിലുണ്ടോ ജംഗത്തി മിലാമാഹുവ പറന്നു കിഫായത്തിൻ്റെ ഫതീരത്വം പറന്ന് കിഫായിയായ കതറുകൊണ്ട് അതിനാക്കാനുള്ള ഫവീരത്താണ് പറന്നു ആവാത്ത കൾക്കുണ്ട് നാട്ടിൽ പൊതുവായി ഉണ്ടാകുന്ന രോഗങ്ങൾ മാറാൻ ആവശ്യമായ ഒരു ചികിത്സ വലിയ പോകും അത് പറയാന് അനപ്പുറയുടെ കണ്ടുപിടുത്തങ്ങളും റിസർച്ചുകളും മറ്റേ അതും ഇതും അനാവശ്യമായ പല ലാബോറട്ടറികളും ബാലിക്കട്ടെന്താന്ന് എന്തിന് ഒരു സാർ ഉണ്ടാവുന്നില്ലാണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇന്ന് നടക്കുന്ന ദേശിച്ച് പുറത്തൊന്നുമല്ല എന്തെങ്കിലും തലവേദന പോയി കഴിഞ്ഞാൽ ഏഹ് തളിപ്പറമ്പ് മുതൽ അമേരിക്ക വരെ പോലെ എത്തിക്കുക എന്നുള്ളത് ഒരു ചങ്ങല ഇപ്പോഴത്തെ സൃഷ്ടിക്കുന്ന പുതിയ തടവിൽപ്പെട്ടതാണ് അതൊന്നും എന്റെ ഒന്നും ആവശ്യം വരില്ല ഉം വന്നേക്കുളം മുസ്തമ ശ്രീ കെ ജി ആശുപത്രിയിൽ നിന്ന് വൈകിട്ടി എന്ന് രാജ്യവെച്ചിട്ട് നോക്കുമ്പോ എന്താണ് രണ്ടോ മൂന്നോ ഉറക്കോണ്ട് തീരുന്ന ചിലർ കുളിയും കിട്ടാൻ മാത്രം ബെറ്റത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ബില്ലാക്കുന്നതിന് അവിടെ പോയി കണ്ണുനോക്കി അവിടെ മൂക്ക് നോക്ക് തൊണ്ട നോക്ക് സ്കാൻ ചെയ്ത് എക്സ്റേ എടുക്കുന്ന പോലെ എന്തെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ബില്ലെല്ലാ മേഖലയും ഇവരെ പാച്ചു കേൾക്കും ഗവൺമെൻണ്ടായിരുന്നു പറഞ്ഞാൽ ഒതുങ്ങുന്നു ആദ്യം ഇവരെ മനുഷ്യനും വിളിക്കും എല്ലാ യാവശ്ശത്തിന് വരുന്ന മാത്രം തന്നെയെന്ന് ഞാൻ അതിഥി പറയും പോലെയാണെങ്കിലും അവനെ തിരിച്ചു കിടക്കുകയും ചെയ്യുക അപ്പൊ ഫിബ് ഹിജാബ് മുതലായവലായി ആണ് അതോടൊപ്പം തന്നെ മഹ്മൂദുവാണ് അതിലിത്രണ്ട് ഫീലത്തായ അമ്മു കിഫായന്റെ കാര്യങ്ങള് ഒന്ന് നല്ല നിലക്ക് നിലന്നു പോകണമെങ്കിൽ അത് കൂടാതെ ഉദാഹരണം തിമ്പ് പോലെ ഈ ദിവസം നെറൂരിയും തിമ്പ് വളരെ നെറൂരിയാണ് ഈ ഹാജത്തി ബക്കാലി ലഭുതാൻ ശരീരത്തിന്റെ നിലനിൽപ്പുണ്ടല്ലോ അത് ബാക്കിയാകണമെങ്കിൽ തിമ്പിൽ എങ്ങനെ ആളെ വിളിച്ചുറങ്ങിപ്പോകും മക്കൽ ഹിസാബ് വരെ ഇന്നും നെറൂറി എന്നിരത്തിൽ മഹാമലാസ് ഇടപാട് നടത്തണമെങ്കിൽ കണക്കറിയല്ലേ മെസിന്റെ കണക്ക് എന്താണ് അനന്തരത്വത്തിൽ ഓഹരി വെക്കാൻ ഹിമേക്കെല്ലാം വളരെ അനിവാര്യമാണ് മഹാദിഹി ഇതെല്ലാം ഒരു മുല്ലത്തി ലവ് ഹരൽ ബലതു ചില ഇൻപുകളാണ് ിയായി അമ്മ ഞക്കോമിഹ അത് നിക്കുന്ന ആളുകളെ തൊട്ട് ഹാനിയിരിക്കുന്നു ആ നാട്ടിൽ അങ്ങോട്ട് അറിയുന്ന ആളാരില്ല എന്നാൽ ഹരജലൻ ഭരദ് ഭരതിന്റെ അഹലുകാർ മുഴുവൻ ഹരജിനോർവല്ല പുറത്ത് ഇസായ കണ്ട രീതിയോട് പറയുന്നു എല്ലാ ഓരോരുത്തരും ഇത് മുഴുവനും പഠിച്ചൊള്ളുന്നില്ല ആരുല്ലെങ്കിൽ നാട് ഹരജിലി വൈദ കാമിഹ വാഹിബ് കപ്പ മറ്റൊരാളെങ്കിൽ അതുകൊണ്ട് നിന്നാലോ അത് വന്നിട്ട് ഇപ്പൊ തൊക്കത്തറന്നു അനില്ലാഹനീ മറ്റുള്ള ആളത്തൊക്കെ പറഞ്ഞല്ലോ താക്കിത്താൻ ചെയ്തു ഇനി ഇവിടെന്താ ഉപ്രണ്ടാൻ പോകുന്നത് നിങ്ങളിപ്പൊ തിപ്പം ഇനി താബും ഫറുദ് കിഫായിൽ എണ്ണിയപ്പോ ആക്കല്ല അത്ഭുതം എന്തപ്പൊ ഇത് ഫർദ്ദിഫായിൽ എണ്ണായ കിഫായാണ് ചെറിയ വന്നിച്ചല്ലോ ആ വരാ വിചാരിച്ചപ്പോ നീ അടിച്ചപ്പെടൊന്നും വേണ്ട മിൻ കൗലിനാമ്പ നീ പ്രവീഫായെന്നാ ഞാൻ പറഞ്ഞത് അതിനെ നീ അത്ഭുതപ്പെട്ടിട്ട് എന്താക്കൊന്നും വേണ്ട സംഗതി ഇല്ല അങ്ങനെ എന്നാലും പറഞ്ഞാലും പോരാ എന്താണോ ഈ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മുതലായവ അതോ പങ്കിൽ ഫയൽ ഉണ്ടണം എന്നറി അല്ലെങ്കിൽ ഭക്ഷണം ധാന്യങ്ങൾ വിളയിച്ചിട്ട് കൃഷി ചെയ്യാത്ത ധാന്യങ്ങൾ ഉണ്ടാവൂല ധാന്യങ്ങൾ പാകം ചെയ്യാത്ത കാലത്തോളം ആഹാരമായി കിട്ടൂല അരി എങ്ങനെ നിന്നുകയോ അപ്പൊ അതൊക്കെ പുറകിൽ ഫയൽ ഇത് രണ്ടുംറന്നും കൂടെ പടി കയറിയിട്ടില്ല ഓരാ ഇതിനൊക്കെ എണ്ണിന്റെ കൽ ഫലാഹത്തി കൃഷിപ്പണി വൽ ഹാക്കത്തി നെയ്ത്തുപണി വൽ സിയാസത്ത് തന്നെ ഭരണം നടത്തണി ഭരിക്കാൻ പഠിക്കുന്നുണ്ടല്ലോ എന്ന് മാത്രമല്ലാതെ ഹിജാമത്തവർക്ക് തുന്നപ്പണി വരെയും കൂടും നെയ്റ്റ് എന്ന് മാത്രം ഉണ്ടായാൽ അത്ര വസ്ത്രമുണ്ടായി പക്ഷേ അത് കുയവുമില്ല അയ്യാക്കത്തായ കാര്യം ഹിജാമത്ത് കൊമ്പ് അത് ജീവിച്ചവരും ഞാൻ അത് ഹിജാമത്തേറെ ഭയങ്കരഘട്ടം മാർക്കുന്നില്ലെങ്കിൽ വന്നിട്ട് നാട്ടില് ആർക്കെങ്കിൽ ഒരു അവസാനം കത്താവസാനം മാറിക്കുമല്ലേ അവരില്ലെങ്കിൽ ഇപ്പൊ ആ കാര്യം ബുദ്ധിമുട്ടായില്ലേ ഹിയാത്ത ഹിയാക്കത്ത ഹിയാത്ത അത്ര തുണി ഉണ്ടാക്കലാണ് ഹിജാത്തതിന്റെ കുപ്പായ കഴിച്ചും തേക്കഴിച്ചും കൈ കഴിഞ്ഞു അതും കൂട്ടണുണ്ടവിന്റെ ലവ് ഹലബലു നാട് കാര്യായി പോയി നോക്കാം അരത്തൊട്ട് ഹജ്ജാമിനെ തൊട്ട് ജനങ്ങളിലേക്ക് ഹലാക്ക് വേഗം വന്നുചേരും അവരുടെ ലെഫ്റ്റുകളെ ഹലാഖിലേക്ക് ബന്ധപ്പെടുത്തിയ കാരണത്താൽ ഇവരെല്ലാവരും ഹരജിലാകുകയും ചെയ്യും എന്നുള്ള നേരത്തെ ഉപരം ന്യായം പറഞ്ഞത് നമ്മുടെ പ്രവർത്തി ഈ ഫയലിനാണ് ഫൈലിനല്ല അൻസലബ്ദ രോഗം മറക്കിയത് ആരാണോ അതേ അള്ളാഹ് അൻസലബ്ധാ അരുന്നിടക്കിയിട്ടുണ്ട് അപ്പൊ ഹജാമിനെ കൊണ്ട് മാറട്ട ചില രോഗങ്ങളുണ്ട് അപ്പൊ ഹജാമിനെ കൊണ്ടെന്ന് ചികിത്സിക്കണം വാർഷകയിലെത്തി മാലി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരുച്ചാതുവാക്കി മഹാൻ തന്നെ സുബാബിന് ആ തീഹി അത് കൈകാരം ചെയ്യാൻ വേണ്ടി വേണ്ടുന്ന അസുബാബോടെ ആരും ഒരുക്കി തന്ന് അള്ളാഹുസാര അതുകൊണ്ട് ഈ എസ് എം ആണ് ചെയ്യേണ്ടത് എങ്ങനെ ഇതിൽ അസുബാബ് എന്താന്ന് കൈകാരം ചെയ്യാൻ നമുക്ക് അനിവാര്യമായിട്ടുണ്ട് അങ്ങനെ ഹജ്ജാമും അതിന് അവിടെ മന്ത്രിക്കുന്ന ആളും പോണമെന്നാണ് ചാപ്പനം കാട്ടി കൊണ്ടുപറഞ്ഞത് പുറമെങ്കിൽ കൂട്ടണം എല്ലാ രോഗവും ആശുപത്രി പോയാ മാറിക്കൊള്ളന്നില്ലല്ലോ മരുന്നുകൊണ്ട് മാറാത്ത രോഗങ്ങൾ മന്ദിരം കൊണ്ടു മാറുന്നുണ്ടല്ലോ ആ അതിനെപ്പറ്റിയുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിക്കണം പുറമെ ഇപ്പം ഉത്തരവ് അല്ലെങ്കിൽ ആ പോകും സിബിന്റെ വിചാരിച്ചു പോകും ഇബിന്റെ ഇലാ ലോകം മാറാൻ അത് കൂടാണ്ട് ഇല്ലെന്ന് പറയും സിബായില്ലേ വലിയ ഇതിനോട്ടില്ലേ അവിടെ സ്ഥിരസ്മാത് എന്ന് പറയണം എന്നാണ് നിങ്ങൾ പറയും സ്ഥിരസ്മാത് എന്നാണ് നമ്മുക്ക് വിചാരത്തിന് നമുക്ക് അതുകൊണ്ട് പല എജോത് കാറുന്നതിൽ ഹലാക്കി നീ ഹിമാലിനി ഈ ദവായിന ഇറക്കി എന്ന് പറഞ്ഞില്ലേ ആ ദവായിന നാം ഉപയോഗപ്പെടുത്താതെ മൂലയ്ക്ക് ചാടിയിട്ട് ഹലാക്കാകാൻ വേണ്ടി നിങ്ങൾ ചാരിതല്ലാന്ന് പറയും ഇനിതൻ പൊറില്ല ഫമീനത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അത് പത്തമുക്ക് ഹിസാബിന്റെ ഓരോ ദശിക്കായ ഓരോ കണത്തിന്റെ മാത്തമാറ്റിക്സ് കാണുന്നുണ്ട് നിത്യോപയോഗത്തിൽ എന്തില്ല മിച്ചന്മാർക്ക് അവിടെ ചേട്ടി കയറിപ്പന്നെ അതത് തന്നെ ഒരു ആഴത്തിന്റെ അപ്പുറം ഇപ്പം വലിയ തയ്ക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ മറാത്തി മുല്ലാതെ എത്രയാണ് ഒന്ന് പത്ത് നൂറ് ഒന്ന് പത്ത് നൂറ് അവസാനിപ്പിച്ചു മൂന്ന് പഠി നൂറോണ്ട് അവസാനിപ്പിച്ചതാണ് ആയിരം പതിനായിരം ലക്ഷങ്ങൾ എല്ലായിരുന്നു ഒന്ന് ഒന്നാം സ്ഥാനം അപ്പുറാദ് അഫറാദ് വിട്ടാൽ അക്ഷറാദ് പിന്നെ നൂറെണ് എണ്ണം കാരണം ഈ ഒന്നാമത്തെ മർത്തബ അതിന്റെ ലത്തി കുടിച്ചാൽ രണ്ടാം വർട്ടമുട്ട ഒന്ന് കുളിക്കണം ഒന്ന് രണ്ടാം അത്തഭ രണ്ടാം വർത്തവ പത്തല്ലേ പത്ത് കുളിക്കണം പത്ത് മൂന്ന് നൂറായിരിക്കും അടുത്ത മട്ടഭ അതിന്റെ അപ്പുറം അർത്ഥം വെക്കണമെങ്കിൽ നൂറ് കുളിക്കണം നൂറ് പത്തായിട്ടും എത്തും പത്തായിരത്തിലേക്ക് എന്തില്ല സാധാരണ മഴ മലയാത്ത് കാരണത്താൽ നാലാം വർത്തവം വേട്ടം വെച്ച് ഇനി പത്തായിരത്തിനെ പത്തായിരത്തോണ്ട് ഓടിച്ചാൽ അടുത്ത വർഷം ഏതായാലും ഇത്ര ലക്ഷം ലക്ഷങ്ങൾക്ക് വര പത്ത് ലക്ഷം ആയിരം ആയിരം അതെ പത്ത് ലക്ഷം നൂറായിരം കൂടുമ്പോ ലക്ഷം ആയിരം കുടിക്കാൻ അല്പ ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷമായിരിക്കും അപ്പുറത്തെ മർത്തപാണ് അപ്പൊ അവിടത്തേക്കൊന്നും സാധാരണ മാനമ്പലാത്ത് കൊടുക്കാനും അങ്ങനെയുള്ള ഒന്നും സാധാരണ നടക്കാനില്ലാത്തതുകൊണ്ട് മർത്തമ്പ അവിടെ അവസാനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മറാത്തി മൊല്ലാതെ മോനാധികാത്ത അത് പ്രധാസ ഓടുമ്പോ അതൊന്നും പട്ടിക്കാട്ട് നിസ്കാരാക്കിയിരുന്നു മറാത്തി മുല്ലാതെ മൂന്ന ആകെ അസരാത്ത് മീറ്റി ഇതുകൊണ്ട് അപ്പൊ കുറെ മുതലൊക്കെ നമ്മൾ വിശാലാക്കി ഇതെന്താ അച്ചങ്കേ ഇവരെങ്ങനാണ് അതിനകത്ത് ഉള്ളത് നമ്മൾ അവസാനിപ്പിച്ചത് മൂന്ന് നമ്മളെ ഫാമിലാത്തിന് ആവശ്യമായത് അങ്ങനെ എണ്ണാലും ഈ പത്ത് ലക്ഷത്തിന് പത്ത് ലക്ഷം കൊണ്ട് കൊണ്ട് കുളിക്കും അതിനോ ല അതിനപ്പുറത്തെ മൊത്തം വെക്കും ഓരോ ശരി മൂന്നും എങ്ങനെയാണ് അപ്പൊ ആയിരെന്തല്ല മൊത്തമയല്ല എടസ്റ്റേഷൻ ഏതെങ്കിലും വർത്തവന ആ വർത്തവന്റെ ലഫ്റ്റിൽ തന്നെ കുടിച്ചാൽ കിട്ടുന്നതായിരിക്കും അർത്ഥം വർത്തവ വരിക അപ്പൊ ആ ഹാദ് അഷറാക്ക് മിയാക്ക് മിയാത്തിന്റെ വർത്തവന കൊണ്ട് കുടിക്കുക എന്റെ പറഞ്ഞു അപ്പൊ ഹിഷാബിന്റെ ദക്കായിക്കുന്നത് അപ്പൊ ഇന്നാവശ്യമായ ബാലപാഠങ്ങളൊക്കെ ഏതാണ്ട് പുറമു ഒരു കഥയിലേക്ക് എത്തുന്നു പക്ഷെ കണക്കിൽ മാത്രമേ സ്പൃഷ്ടിച്ചാണെങ്കിൽ കൊള്ളങ്ങളോളം കൊള്ളങ്ങളോളം പഠിക്കാനുള്ള കോഴ്സിപ്പുണ്ടല്ലോ അതുപോലെ ഹെക്കായിക്ക് തിബ്ബ് തിബ്ബിന്റെ ഹെക്കായ്ക്കോടിനേക്ക് ആഴത്തിൽ പോകുന്നു വകുപ്പ് കാലയ്ക്ക് മിമ്മാകന് ആരുന്നു അതൊന്നും വലിയ അനിവാര്യമുള്ള സംഗതിയല്ല പതിയിലെത്താം പക്ഷെ വലാക്കിൻ യുഫിക്ക് ഇതേ ഫായയില്ല എന്ന് വരണ്ട വലാക്കിൻ യുസീത് ചെയ്യാതെ കുമ്പത്തിൻസിൽ കതിരിൽ മഹറ്റാതിയിലും നമുക്ക് ആവശ്യമായ ഒരു കതിരട്ടല്ലോ ആ കതിരില് കൊറച്ചും കൂടെ ഇണ്ടാക്കുന്ന വിചാരത്തിൽ കൊമത്ത് കിട്ടും കാരണം എം ബി ബി എസ് കാരൻ നോക്കണ്ട കതിറിനെ ഒരു എം ഡിക്കാരൻ നോക്കിയുണ്ട് കുറച്ചും കൂടെ നല്ല പതാക വിചാരിക്കുന്നു ചിലപ്പോ എം ബി ബസിന്റെ കത്തിനേയും കൂടെ എം ഡി എത്തൂലേ അത് ഉമ്മ ഉം നിന്നും പുറത്തായിട്ട് ഡി ജിഒനു വെക്കൂലേ കൊസ്തകത്തിന്റെ ഇരുമ്പിൽ നല്ലൊരു പെണ്ണുങ്ങൾ പറഞ്ഞു നീ പെട്ടിട്ട് ജീവിച്ചില്ല പെണ്ണിനെ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് പെട്ടിട്ട് ജീവിച്ച ആളാണ് നീ നിന്ന് മഹമ്മൂദ് മഹമൂദ് പറണ്ടേ അല്ല മഹമ്മൂദ് പറഞ്ഞു അതിന്റെ മതം മൂമ്മും മഹമ്മൂദിനെ പറന്ന് ഹിസായും ദിയാളത്തും പറഞ്ഞു വമ്മൻ മതമൂമ്മെൽമുദ്ഹറാം അതിലിമ പക്ഷെ അത് ചടവിൽ പഠിക്കലില്ല വർമ്മമാണ് അതുപോലെ തിലക് മാത്ത് പിന്നെ സ്ഥാപനത്തിൽ ഏതാന്ന് മേജിക്കൂട് മേജിക്യൂള് കഴിയോണ്ടിരുന്ന കല്ബി സാത്ത് അതോ യഥാർത്ഥത്തിൽ ഉള്ളതിന് ഇല്ലാന്ന് തോന്നിക്കലിനി ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്ന തങ്കിട്ടുണ്ടല്ലോ അതായത് തൻബി സാത്ത് അത് ചെയ്യേണ്ട ഒരു നവർ ഹക്കീക്കത്തിന്റെ അസ്മാവിണിതിന്റെ അസ്തമാത്രം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഹക്കീക്കത്തിന്റെ അസമാനിന്റെ വണിയതായി വരിക അള്ളാഹുവിന്റെ അസ്മാനിന്റെ മതാഹിര നോക്കിയിട്ട് നമ്മൾ വറുതമായി വന്ദിപ്പിച്ച് അതിന്റെ ഹക്കീക്കത്തിൽ അതിലെ വസ്ലിയാക്കലാണ് അവലുള്ളത് അള്ളാഹുവിന്റെ ഇന്ന കരിമത്ത് അല്ലെങ്കിൽ ഇന്ന ആയുഫോ അതിന്റെ മുറക്ക പത്ത് ഒരുക്കാം കൊച്ചിസ്റ്റമായി അപ്രദത്തിന്റെ കഹാർ എന്ന ഇഷ്ടം ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ മതാഹിര അനുസരിച്ച് ഇതിലെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും ിക്കുന്ന ആ അതിലേക്ക് വീലേക്ക് മതിയാത് ചെറയിൽ മെഹ്മൂദിലേക്ക് പോകാനേ നിർത്തിയുള്ളൂ ആദ്യം വന്നാൽ അസ്മാവിടിക്കണം അസ്മാവിന്റെ മഹാരികൾ പഠിക്കണം ആ ഈ ഇസ്മ എന്തായ മയനാന്തിയണ്ടേന്ത് അത് സിഫാത്തുൽ തീരാണോ അല്ല സിഫാത്തുൽ ദാത്താണോ ഏ ിഫത്തും ഇങ്ങനെ വരുന്നുണ്ടല്ല അതുപോലെ തന്നെ നിന്റെ താലൂക്ക് ഹാദീസ് ആണോ ഗതിയുമാണോ അങ്ങനെ പല ഞങ്ങളും പഠിക്കേണ്ടി ചിലപ്പോ ജാമ്യ അസ്തിമാണെങ്കിൽ എല്ലാത്തിനും പറ്റും പിന്നെ മുബാ കുറെ പദ്യങ്ങൾ കൊറേ ഭാഷാ സാഹിത്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് അന്ന് വിരോധിച്ചിരുന്നില്ല വമ്പൻ മുബാഹം ഇന്നു പൽ എന്നു പിന്നെ ആ പദ്യങ്ങൾ പഠിക്കലും പദ്യം ഉണ്ടാക്കാൻ പഠിക്കാം കവിത ഉണ്ടാക്കാൻ പഠിക്കലൊക്കെ ഇതൊക്കെ മുബാഹമാണ് പക്ഷെ ലാസിനെ എന്ത് വച്ചില്ല മറ്റുള്ള കുടുംബത്തെ ആക്ഷേപിക്കലേ മറ്റു വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കുറച്ചും പറയുന്നൊന്നും ഇല്ലാത്ത അത് ആ ഭാഗത്തിൽ കൂടി മർമ്മമാക്കി മാറും ർത്തകൾ അതേതെല്ലാം ലബീത്തുള്ള രീതിത്തുള്ള നഹബാളെല്ലാം ഉദ്ദേശിക്കുന്നു അത് വീലന്റെ മുറുക പക്ഷെ അതില് ഇത് പവീത്ത വാർഡിണ്ട് ഓരോ യുദ്ധങ്ങളിലുള്ള തക്ക വായിക്കുകൾ നടന്ന സംഭവങ്ങള് അതിനുള്ള ഓരോ വാക്യത്തിനും കമ്പ്ലീറ്റ് ഓടിക്കേണ്ടെന്നും ഇത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി ഇതിനെപ്പറ്റി അതേസമയത്തിൽ തങ്ങളുടെ നിസാരത്തുമായി ബന്ധപ്പെട്ട ഒരു കബലുണ്ട് ആ കബലും കുറെ മേജിദാത്തുകളെ പറ്റി പഠിക്കണം എല്ലാ മൊഴിതാത്തും എവിടെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് മരിച്ചാത്തുണ്ടെന്നും അറിയപ്പെട്ട മൊഴിദാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിസാരത്തിന്റെ സാഹിദാണ് ഏത് മേജിതത്വം പ്രത്യേകിച്ച് ഒരു തർക്കം വരുന്ന വിഷയങ്ങൾ എന്താണോ ഇർമുൽ വൈബു ഇൽമുൽ കൈമ്പ് അടങ്ങുന്ന മനസ്സിലാക്കി പിന്നെ ലോൺ പഠിക്കണം കാരണം ഇക്കാലത്ത് അത് ശരിക്ക് പൊണ്ണ കാലാൻ പറ്റും അമ്മേക്കളെ ഇൽമിന്റെ പ്രത്യേകം ഇങ്ങനെയല്ല ഇപ്പൊ ഇൽമുൽ കൈബ് ആണിനെ പെണ്ണാക്കലും പെണ്ണിനെ മെച്ചളായാത്താക്കലെല്ലാ കാണിയും വിശാലത്തും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന അടിയന്ന് ഇൽമുൾ കൈബിലേക്ക് അതുകൊണ്ടാണല്ലോ വല്ലമൊക്കെ മാലം തെക്കും തേലം ഒക്കെ പുലർന്ന അടിക്കും അല്ലെങ്കിൽ എന്തെല്ലാം മനസ്സിലാത്തുകൾ പറയുണ്ട് തങ്ങൾ മുഖേന മരിച്ചാൽ അയാത്താക്കിയിട്ടുണ്ടെന്ന് അല്ലാത്ത പറയാൻ പോയി തങ്ങൾക്ക് മറ്റുള്ള ആൾക്കറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ഇരുസവഭാവത്തെ ഇൽമ ചോർപ്പിച്ച പ്രത്യേകം അതിന് മനുഷ്യത്താം ഈ കാത്ത് അത് നിഷേധിച്ചിട്ട് പോണം ഉണ്ടാക്കുന്ന മുഖത്തേ ഇച്ച ഇല്ലാതെ ഒരു സാധാരണത്തേ ഉള്ളൂ ഒരു നേതാവ് നേതാവിനെ കുറിച്ച് സംസ്ഥാനാണെന്നാണ് കീഴടക്കം കഴിഞ്ഞു എന്തൊക്കെ നോക്കി കുളിപ്പിക്കല്ലോ സവാരി അതുപോലെ വമ അഞ്ജലി മജുദാഹ് ആ സ്ഥാനത്തുള്ള പല വാർത്തകൾ ലോകവാർത്ത ആഴന്ന് നടന്നു അമേരിക്കയിൽ എന്ന് നടന്നു മറ്റേ നാമിയിൽ എന്ന് നടന്നു ഇതൊക്കെ അറിഞ്ഞോ നമ്മൾ കുഴപ്പമൊന്നുമില്ല വിഷയം പറയാം അമ്മ ലോങ് ചെറായിയിലേക്ക് അടക്കാം വഹീൽ മക്സൂദത്ത് ബിൽ ബരാൻ അതാണ് നമ്മൾ പറയേണ്ടത് വയറു ചെറൈ ആദ്യം പറഞ്ഞു അല്ല ഞങ്ങളെല്ലാം തിന്നു അയ്യ മഹമൂദത്തും കുല്ലുഹ അതിലെന്തില്ല മഹമൂദ് വേറെ മധു വേറെ എന്നുപറയൊന്നും ഉണ്ടാവില്ല അതിനെപ്പറ്റി പറഞ്ഞു പക്ഷെ ചിലതൊന്നുണ്ട് മഹമൂദത്താണോ മഹമൂദത്തല്ലേ എന്നുള്ള ഒരു തോന്നിലേക്ക് മാത്രുന്ന ചില രംഗങ്ങളാണ് വരാനുള്ളത് ഈ ചെറയ്യായ ഒരു മാറ്റം എന്താവുന്നറിയ മൂടിക്കലിലും ഏതെണ്ന്നു അന്നഹാ ചറങ്ങിയത്താണ് തോന്നിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളെന്താകും ചിറയിൽ കടന്നുകൂടിയിട്ട് അല്ല ചെറങ്ങിയാണ് തോന്നിപ്പോക്കുന്നത് ചിറങ്ങി ആഗ്രഹമേ നമ്മതി പഠിക്കുന്നില്ലേപ്പാ പത്സപ്പം നൈബന്തി പഠിക്കുന്നില്ലേ നമുക്കിപ്പ എന്താ തോന്നാം അത് അറബ് എനിക്ക് അറബിയിലാകുള്ളത് പള്ളി ദിവസത്തിലും വലിയ വരെ കോളേജിലൊക്കെ എല്ലാവരും വലിയ സമയം മെനിക്കട്ടിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതൊരു ഫനാർ ചെറഹ് ചെറഹന്റെ ചെറുകാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഷറയ്യ എന്താണ് പഠിപ്പിക്കോ എന്ന് തോന്നലുണ്ട് അപ്പൊ ഷറായി അല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി ഷറയ്യാന്ന് തോന്നിയിട്ട് അതുമായിട്ട് കൂടി കടന്നു ചില കൃഷിയേണ്ടത് അതിൽ പെട്ടെന്ന് മൂപ്പറിന് അഹമ്മദ് ഉറപ്പുണ്ട് ഈ മൈബതിന്റെ വിഷയത്തിനാക്കാണെ കുറച്ചും അടുത്ത് ബന്ധപ്പെടുന്നുണ്ട് അത് സറപ്പിന്റെ അഹുമു അപ്പം ബർത്തി പഠിപ്പിക്കുന്ന കിത്താങ്ങെല്ലാം ഷറായി നോക്കാൻ നോക്കിയില്ല അല്ല പണ്ട് ചരയ്യം ചെറൈയായ ആലാത്തുകളും മാത്രം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കൽപ്പം കോട്ടി ഇസ്ലാമിയുണ്ടാക്കി എന്ന് അറിയാതെ ബൈലം ഉണ്ടാക്കി അതിനിടക്ക് ഇക്കോളിന്റെ ബാഠവാടകളോ അല്ലെങ്കിൽ അപ്രപഠത്തിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ കൂടെ താമസത്തോടി നീന്തോക്കണോന്ന് ചർച്ച വന്നുകൊണ്ട് ഏറെ അത് പറ്റൂല അത് വരുത്തൂല ഇത് പറ്റൂല അപ്പൊ നാട്ടുകാർ എനിക്ക് ചോദിച്ചല്ലോ അതിന്റെ പരിപാട ബാധ്യത ഇല്ലാതെ ഞാൻ പറഞ്ഞ് മഹിമതി പഠിപ്പിക്കുന്ന കൂടെ തോന്നുകൊടുക്കാമെന്നുള്ള താമസിക്കാമെന്നുവിടെ താഴത്ത് പഠിക്കാമെന്ന് നിങ്ങളുടെ നിയമാവലി അനുവദിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് മറ്റും സ്കൂൾ പഠിക്കുന്ന ബാലപാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൂടെ അങ്ങനെയാണ് മൈമതി അവിടെ പഠിപ്പിക്കുന്നില്ല അത് ചടയ്ക്കാൻ തോന്നിയിരിക്കുന്ന കിട്ടാതല്ലേ ആ അതാദും ചവിടുന്നത് അതിന് മുട്ടിപ്പോയ അക്രമായ കാലത്താന്ന് പറഞ്ഞ അപ്പൊ തകോന മതമോമത്ത് ഈറ ഐയ്യാണെന്ന് തോന്നിപ്പിക്കപ്പെടുന്ന ചിലതുണ്ടല്ല അത് മതമൂമ്മത്വമാകും ഏ അപ്പൊ സംഘത്തിന് ഇതൊരു മഹമൂദത്തി വലിയ മതമോമത്തി അപ്പോള് ശെറഐ മാത്രം എടുത്ത കുല്ലുഹ മഹമൂദാണെന്ന് തോന്നിപ്പിക്കപ്പെടുന്ന പുറത്തുനിന്ന് വന്ന് ചേർന്ന കുറെ വിത്ത വേണ്ടി അതെന്തൊക്കെ ഉണ്ടാകും മതമൂമ്മത്വം ഉണ്ട് മഹമൂദത്വമുണ്ട് എന്നാണ് പറയുന്നത് أما المحمودة المحمودة أنها فلها وصول وفروح ومقدمات ومتممات هذه لكتبعينة محمودة وصول وفروح ومقدمات ومتممات نال إلى وهاديه أربعة برده الله رب العبد محمودة لن الله وسوله وهي أربعة ونكتاب الله عز وجل രണ്ട് സുന്ദസൂലി അലിഹി വസന്തം മൂന്ന് അപ്പൊ നമ്മളെ പറയുന്ന ഖുർആാൻ ഹദീഫ് ഇജ്മാൽ ആരാണ് ഇപ്പം പറഞ്ഞത് പക്ഷെ ഊബർ നേരാണ് ഖുർആാൻ സുന്ദി എണ്ണി ആസാർ വണ്ണി ഖുർആാൻ സുന്ദും ഉസൂലാണ് എന്നതിലും തർക്കം ഇല്ല ഇജ്മാന്റെ മുള്ള തർക്കം അത് വിജുമായ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഉറപ്പാണ് നിജമായ മുലക്കന്മാർ കൂടിയിട്ട് പാസാക്കുന്ന നിയമം എന്ന് വെച്ചിട്ടാണ് അതെങ്ങനെ ഹൃജത്താകും എന്ന് തോന്നാൻ കാരണം അങ്ങനെ അതാ വൺ അതായത് ഞാൻ പറഞ്ഞിട്ടിജുമായ അസുരാണ് എങ്ങനെ അസുല് മിൻ ഹൈസ് അത് ഒരു സുന്നത്തിന്റെ മേലെ ഒരു ഹദീസിന്റെ മേലെ അതിനെന്താ പറയുന്നത് മുസ്തദുൽജുമാൻ എന്ന് പറയും ആനോ ഹദീസായിട്ട് പിന്നെ ആയിട്ട് അടിയേരങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് നാഹു കാണുന്നത് ഇജുമായിട്ടാ കാണും ഇവർ യജുമാ ആയതിന്റെ വല്ലെന്ന് ഒന്നെങ്കിൽ ആയത്തിന്റെ മാനേന്നതാണെന്ന് അല്ലെങ്കിൽ ഹദീസിന്റെ മാനതാണെന്ന് നമ്മൾ യജുമാനുണ്ടായി അപ്പൊ മുത്തനദുൽ ഇജുമാൻ ഉണ്ടാവും അതല്ലാണ്ട് ഈ നാഹുൽ കാണുന്നത് ആൾക്കൂട്ട അല്ല ഇജുമാ അപ്പൊ തനിച്ച സുന്നത്തിനാക്കാണ് യജുമാനെ ശക്തി കൂടുന്ന് അർത്ഥം ആ ഹദീസ് എന്നാൽ രണ്ടാം റുത്തുമിലെണ്ണീല് രണ്ടാം റുത്തുമുണ്ടെന്ന അവസരത്തിൽ ലണ്ടനാക്കാണ് റുത്തുക കൂടുതലായിജുമായ അതിന്റെ പിന്നിലൊരു ഹദീസോ ആയസോ ഉണ്ട് മാത്രമല്ല അതിന്റെ അർത്ഥം ഇന്നത് തന്നെയാണ് എല്ലാവരും കൂടെ ഒത്തുകൂടലേ ഇതിന് നേരെ മറിച്ച് ഖബർ വാഹി വന്നപ്പോൾ ഇന്നയിമാം ഇങ്ങനെ അർത്ഥം വെച്ചു ഇന്നയിമാം ഇങ്ങനെ അർത്ഥം വെച്ചു എന്ന് ലജ്ജിമായില്ലേ അപ്പൊ മുത്തലസദീനായ ഹുക്കുമിനാക്കാണ് ആ ദർജ കൂടുതലെ ലജ്ജിമാരി അപ്പൊ ബഹുമാലം എത്തി അപ്പൊ മൂന്നാം അർത്ഥം പേരുള്ള അസ്സലാക്കി അത് ആഹ് നോക്കിയെത്തി കുമ്പത്ത് നോക്കിയാൽ ശരിക്കും ഏറ്റവും വലിയ ശക്തിയാണ് അതുകൊണ്ട് ഖുർആാൻ ഖുർആാനാദിന്തെങ്ങനെയാണ് നബീസാഹ് ദിവസം നമ്മൾ തങ്ങൾക്ക് ജബിലെ കൊണ്ടപ്പെട്ട ഖുർഹാൻ ഇതായിരുന്നു ഞാൻ എന്താ കളിവുള്ളത് എനിക്ക് എങ്ങനെതാണ് ഇതാ ഇതാന്റെ ഖുർആാനും കണ്ടാൽ ഇപ്പോ ഇല്ല ഇതെങ്ങനെ റുമാണ് ഞെടിക്കുന്ന തുടങ്ങിയ ആ സ്ഥാപനം ഇത് തന്നെയാണെന്നുള്ളത് തെളിയി സഹാബത്ത് എങ്ങനെയാണ് അച്ഛൻ കൊണ്ടാന്ന് ലയിക്കുന്നത് വക്കതല്ല അസറു സഹാബത്തിന്റെ അസറു അത് തന്നെ അസിഡ് തന്നെയാണ് വേണോ യത്തി നബീസൊന്നാണ് അനീവല്ല മതങ്ങള് ഈ സുന്നത്തേത് പറ മുബിലുള്ള സുന്നത്തല്ല എണ്ണെന്ന് നബി തങ്ങളുടെ വക്കൽ നിന്നാൽ പ്രവർത്തി കംപ്ലീറ്റ് ഔലഹോഹോ തക്രീരുഹോ എന്ന് പറഞ്ഞ് അത് സ്വർഗമുണ്ടാവാ സുന്നസ്തം ഉണ്ടാവാം മുപാഹമുണ്ടാകാം ഔലുണ്ടാകാം പേരുണ്ടാകാം പലതും ഉണ്ടാകാം ആഗ്രഹങ്ങളുണ്ടാവും എന്തുകൊണ്ട് ഈ അന്ന സഹാബ് റവിയാറു എന്നൊക്കെ അത് ഷാഹദുൽ വഹയ്യവർത്തീര വഹയ്യനെയും അവർ ഉദാഹിരങ്ങളായിരുന്നു ഖുറാൻ അറക്കുന്നതിന് മുസാഹിതങ്ങളായിരുന്നു ക്യാഷക്കാർക്ക് അത് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മക്ക് കേട്ടറിയാനേ കയ്യു ഓട്ടി കേട്ടറിയാനും കണ്ടറിയാനും കഴിയും അപ്പൊ അസഹാഭിമാരുടെ പ്രവർത്തനം ഉണ്ടാക്കി ചില കറായി എന്താണ് അദ്ദേഹം എന്താ പറയുമ്പോ കാണിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ സന്ദർഭം റിക്കാർഡ് ചെയ്യുന്ന ഇല്ലല്ലോ ഇവര് ഇന്നാരൊന്നും പഠിക്കണ്ട അന്ന് എല്ലാവരും കടന്നിറങ്ങിക്കോളെ എന്ന് പറയുന്നത് കേട്ടു ഈ കേട്ടത് മാറ റിക്കാർഡ് ഇന്നെല്ലാവർക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുത്തിരിക്കുന്നു പഠനം നീപുടിച്ചിരിക്കുന്നു എന്നോ തോന്നുന്നു പക്ഷേ അവിടെ എല്ലാവരും ഉറങ്ങുന്ന സാഹചര്യത്തിനോട് പ്രതിഷേധിച്ചു പറഞ്ഞതാണ് എന്ന് കറായിൽ നഹാൽ ആരേ കണ്ടിട്ടുള്ളൂ കണ്ടാതെയുണ്ടോ പഠന ഇത് കൽപ്പനയല്ല ആ രംഗത്തിനോടുള്ള പ്രതിഷേധമാകിയുള്ളൂ എന്ന് ആരിക്കാൻ പറയുകയുള്ളൂ കണ്ടാക്ക പറയുകയുള്ളൂ അവർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് കായുമായ പലതും അവർക്ക് വാബന്റെ പയലില്ല നേർക്കു നേരെ കാണാൻ നഷ്ടപ്പെട്ട ഭാവി തലമുറ ഇല്ലേ ആ ഭാവി തലമുറകൾക്ക് നഷ്ടപ്പെട്ട കാര്യം ഇവർക്ക് നേർക്കു നേരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ കൺകാഴ്ച വെറുപ്പമാറുബമാ ലാ തുണീത്തും നിബാറാത്തും ആ കണ്ട കാഴ്ചയാണെങ്കിലോ ഇബാറാത്താലും വലയും ചെയ്യൂല ആ രംഗ ഇബാരത്തിബാരത്ത് മാത്രം വെക്കാണ്ടിങ്ങനെ ലഭ്യള്ളൂ ഈ കറായങ്ങനെ ഫോട്ടം പിടിക്കണം ഇന്ന സന്ദർഭത്തിലാണ് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ആ രംഗം പിടിക്കണം അതാ അഭിവാദന കറായതുകൊണ്ട് എതിരാകെ ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്താക്കൂല ഇബാറത്തിൽ ഉൾക്കൊള്ളൂല അതുകൊണ്ട് ഇബാറത്ത് ഉൾക്കൊണ്ടാത്തതും കൺകാഴ്ച കൊണ്ട് കണ്ടതും വായിച്ചില്ല കാര്യങ്ങൾ ആയിക്കുണ്ട് അസഹാഭിമാർക്കുള്ളതുകൊണ്ട് അസഹാഭിമാരുടെ അട്ടാറുകൾ അസിലല്ലോ എന്നാ ഓർഡർ പറയുന്നു അതാ ഫമിൻ വജി ഈ കാരണത്താലാണ് അൽമാ കാണുന്നത് അല്ല അസഹാബിമാരോട് പിൻപറ്റണോ എന്ന് കാണാനുള്ള കാരണം അസഹാഭിമാരുടെ ആസാറിന മൃഗപ്പിടിക്കണം എന്ന് പറയാനുള്ള കാരണം പക്ഷെ എന്നിട്ട് അത് വസ്തുവിന്റെ ഖിലാഫുണ്ട് അതിനകത്തൊക്കെ ചേർത്ത് പോകണം ഇനി ഈ സഹാബിയുടെ ഇതിഹാസാകാൻ പാടില്ല എന്നുള്ള അവതാനിക്ക് വിചർത്തി മക്സൂസ് ചില പ്രത്യേക ചെറുത്തോടുകൂടിയാണ് അസഹാഭിമാരുടെ പ്രവർത്തനം തെളിവുകൾ പ്രത്യേക രീതിയിലും അതൊക്കെ അവിടെ ഉസഹത്തിൽ കയ്യിലുണ്ടാകാം അസഹാഭിമാരുടെ പ്രവർത്തനം അശ്രീയായ സബ്ജക്റ്റാണോ എന്റെയോ അതൊക്കെ കുറേ നിബന്ധനകളോട്ടുണ്ട് സഹാദിയുടെ എത്തിഹാദിനെ മതനുള്ളതാണെങ്കിൽ ചിലപ്പോ അവർ മുദിത്തഹിതാവാം അപ്പൊ ഒരു മുതിത്തഹിതിന്റെ മടി മുതി അതന്നെ ആരുടെടുക്കൽ എന്റെ മഞ്ഞ റാഹു ഇത് സജ്ജത്താണ് എന്ന് കാണുന്ന ഐമത്തിന്റെ ഡി കുറച്ച് അധികം ഇപ്പൊ പോന്നു അതുകൊണ്ട് എന്തൊക്കെ ചെറുത്ത് അതൊന്നിവിടെ പറയേണ്ട അവിടില്ല വട എരിയൊക്കെ വയാനുഭവി ഫണ്ട് നമ്മുടെ ഈ ഫണിലേ അതൊന്നും പറയൽ തെറ്റിയതല്ലാസ് ഇല്ല യാസ് ഫുഗോയിലെണ്ണം ഈ ഒരു അസുരനോട് കുറിച്ചിട്ട് വയ്യാം വേറെ വാക്യത്തിന്റെ കയാസാക്കൽ ഫുഗോയിലെണ്ണം അസുരല്ല അസുരുന്നാലെണ്ണം ഖുറാൻ ഹദീസ് ഹദീഫി എഴുതിയറിക്കാർട്ട് തന്നെയെന്നല്ല ഉദ്ദേശിക്കുന്നത് നബീസ്ല്ലീ അസലം തങ്ങൾ പ്രകടമായ കംപ്ലീറ്റ് ഹദീഫം ഉദ്ദേശിക്കുന്നു ചിലപ്പോ ഖുർആാനിന്റെ വ്യാഖ്യാനേതായിരിക്കും ഹനീക്കരിക്കും ചില ഹുക്കം നാളെ വാഹനങ്ങോട്ട് പറയും ആ ഹുക്കം നടപ്പിലാക്കണ്ടെങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഹരി തന്നല്ലോ ഇപ്പൊ തഹരി ഉറക്കബത്തിൽ മാത്രം പങ്കെടുക്കൂ ഏത് ഉറക്കബത്ത് എത്ര വയസ്സുള്ളത് ഏത് കൊലത്തിലുള്ളത് അതൊക്കെ ഹനീന്ന് ചോദിച്ചോ തന്നെ ചോദിക്കാനവിടെ പറഞ്ഞു കട്ടോനെ കൈ മുറിക്കണമെന്ന് പറഞ്ഞു എന്ത് കെട്ടാതെ എത്ര അളവ് കെട്ടാതെ ഏത് രീതിയിൽ കെട്ടാതെ ഏത് കഴിയാൻ മുറിക്കണ്ട് എവിടുന്ന് എങ്ങോട്ടാ മുറിക്കണ്ടിട്ട് വേറെ തെളിവ് നോക്കണം നിങ്ങളുടെ സത്യത്തിൽ ഉടനെ കൊടുത്തുവാണ്ടുത്താനും അതെന്താദിസൂൽ ഈ ഉസൂലുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കപ്പെടുന്ന കാര്യങ്ങളാണ് അവരെ ചോദിക്കും മനസ്സിലാക്കി എടുക്കപ്പെടുന്നത് എന്ന് അതിന്റെ അൽഫാദ് മനസ്സിലാക്കുന്നുണ്ടോ അൽഫാദ് മനസ്സിലാക്കുന്നത് അസിലപ്പെട്ടല്ല അൽഫാദ് ഖുർആനിൽ നിന്ന് ഖുർആാൻ യുദ്ധത്ത് എന്ന് പറഞ്ഞ ഖുർആന്റെ ലഫിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതില്ലേ യുദ്ധത്താണെന്ന് അപ്പൊ അതിന് ഇങ്ങനെ കുറവിലെണ്ണി അപ്പൊ ഇങ്ങനെ അസിലേതായിരിക്കും ഖുർആാന്റെ ആ എല്ലത്ത് കിട്ടുകൊത്തട അതിനക പറയുന്നത് ലാദി മൂജബി അൽഫാദിഹ മേൽ പറയപ്പെട്ട അൽഫാദിന്റെ മോചബ് കൊണ്ട് മനസ്സിലാക്കുന്നതല്ല ി മഹാനിൻ വേറെ മായകളെ കൂട്ടാറ് അതായിരിക്കും നമ്മൾ അതാണ് തിഹാസ് നടക്കുന്നത് ഇതിഹാസം എങ്ങനത്തെ മഹാനി തലബലഹ ആ മഹാനികളിലേക്ക് ഉണർന്നിട്ടുണ്ട് അല്ലപ്പോൾ പ്രത്യേക അക്കലുകളും ഗുരുതര്യങ്ങളായ പ്രത്യേകക്കാരുടെ അഖലി അതിലേക്ക് ഉണർന്നു ആ മഹാനി കാരണത്താൽ അല്ലെങ്കിൽ റൂല് കാരണത്താല് അവർ പഹമ വിശാലമായി അപ്പൊ എന്താക്കും ഒരു ലഫന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധങ്ങളായ മാന അതിൽ ഉച്ചടുത്തില്ല മോചത് മാത്രല്ല ഹത്താ പോഫതിൽ മൽപൂന്ന് വിഹി ഇവിടെ ഉച്ചരിക്കപ്പെട്ടവൻ മൽപൂന്നുണ്ടല്ലോ ഒരു മന്തൂക്ക് ആ മന്തൂക്കൽ നിന്ന് ചില കാര്യം അസുഖമായിട്ടു അതങ്ങനെമിന്റെ കൗലു ഇതൊരു ഹരിത ലാ യ വളമുള്ളവനായിക്കൊണ്ടൊരു സാധി ഒരു വിധി കൽപ്പിക്കാൻ പാടില്ല എന്നറിഞ്ഞു അപ്പോ വളമുള്ള അവസരത്തിൽ എന്ത് വെച്ചില്ല സാദിക്ക് വിധി പറയാൻ പാടില്ല എന്നാണ് ഒരുക്കുമ്പോൾ നേരെ അതിന്റെ മൂലപുല്ലേ അപ്പൊ പിടിച്ചെടുക്കും വളമ്പ് എന്ന് പറഞ്ഞെന്താ സാധനം അത് ഒരു ഹാലാം ഇത് സാദി വായാൽ അക്കലിനെന്താക്കും കീഴടക്കും അക്കെല്ലാം കീഴടക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചൈത്താലും വന്നിട്ട് നേരായ ഇന്ത്യത്തൊക്കെ തെറ്റിക്കാൻ കാരണമായി തീരും അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ലെസക്കറ് അങ്ങനെ തന്നെ അന്നേരം അമിതമായ അല്ലെങ്കിൽ അമിതമായ താല്പര്യം ഈ കടബിന്റെ അഹബാ കടബിലൂടെ ജാസായിക്കുള്ള അവസ്ഥയിലെല്ലാം അവിടെ മജുദോബിനെ ധർമ്മീതി വെച്ചില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് ഇത് തന്നെ ഇവന്റെ ചോദ്യാത്തോട്ടു മജുദൂപായ ആള് വേറെ മുറമ്പിയാ ചേ ഹാനാൻ പറ്റൂല മജിദൂബിന് തുടരാൻ പാടില്ലാന്ന് ലാക്ക് നിൽക്കാതെ കാരണം അയാൾക്ക് അയാളെ കീഴടക്കിയ ഒരു ഹാലുണ്ടാവും ഈ ഹാൽ അദ്ദേഹത്തിന്റെ ഹാലിന്റെ തഹസിലാന്ന് ആരൊക്കെ മജിതൂ കൊടുക്കുന്നു സുഹൃദോ തവക്കുലോ വറഹോ തജിരീതോ എന്തോ അദ്ദേഹത്തിന്റെ കീഴടക്കിയിട്ടുണ്ടാവും അപ്പൊ തജിരീന്ന് കീഴടക്കിയ അവര് മജിദൂമായ ഒരു മനുഷ്യനേക്കെടുക്കി മുത്തബീബായ മുരിയത് വന്നിട്ട് എങ്ങനെയൊക്കെ പവാടിയുടെ കച്ചവട പൂടിലും പൊട്ടി നി വെറുതെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് വിരി വിളിപ്പിച്ചാലും ഉണ്ടായാലും വാങ്ങിക്കുന്ന കാരണം ഈ മുറബിയ ചേക്കാരം കാദിയാന്ന് ആരമേലി മെഹബൂബി നലിയെന്ന് മുരിയത് ആ അപ്പൊ കളബിന്റെ അവസരത്തിൽ കാവി പിടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മാതിരി മറ്റൊരു ഹാലാണ് ഇതുപോലത്തെ അഹബാലാണ് കീഴടക്കുന്നത് അന്ന പോലെ തൻ എന്നെ വിചാാലും മിരിക്കാൻ പാടില്ലാന്ന് വ്യക്തി കാരണം വന്ന പോലത്തെ വാർന്ന് ഹാലാണ് ഹൗസ് ഹാക്കിന മോപ്പിക്കാനോ കാട്ടിക്കാനോ അത് ഒപ്പല്ല അവര് ഹാല് അമിതപായ പേടി അവിടെ മനസ്സിന് അന്ന് നേരായി ചിന്തിക്കാൻ നീങ്ങില്ല ഹാസ്രാമ്മ മൂത്തിരിക്കാനോ കഷിക്കാനോ മുട്ടിയിട്ടിയോ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിന് ചിന്തിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല അതുപോലെ ജായ്യൻ വിശക്കുന്നവനായിക്കൊണ്ട് വിധിക്കാൻ പാടില്ല എന്ന് കിട്ടും അല്ലേ അത് മുത്താൻ നിർത്തി അല്ലെങ്കിൽ വേറെന്തോ രോഗങ്ങളെ കൊണ്ട് വേദനയിരിക്കും പല്ലുവേദനയോ തലവേദനയോ അല്ലെങ്കിൽ മുത്ത വേദനയോ ഇത് വേണമെങ്കിലാണ് ഇവിടെ ഇവിടെ പുറത്തിന്ന് അദ്ദേഹം വിധി പറഞ്ഞാൽ കഴിഞ്ഞോ അപ്പൊ ഇതൊക്കെ സിക്കിനിന്റെ കാനോണികൊണ്ട് റഹ്മാനെ ശരിക്കും മുപ്പതല്ലെപ്പോൾ വന്നിട്ടുള്ളൂ അവിടെ വിശാലമാക്കി മനുഷ്യന്റെ അക്കലിനെ കീഴടക്കി നേരായി ചിന്തിക്കുന്നതിന് തൊട്ടിട്ട് തടയുന്ന എല്ലാ ഹെബാലും അപ്പൊ അതിന് അധികാരം കൊടുക്കൂല എന്ന് പറഞ്ഞതുകൂടാണോ അപ്പൊ പറമ്പ് വിശാലമായി കേട്ടേ ഈ പൂർവ്വട്ടല്ല രണ്ട് തരത്തിലുണ്ട് വന്ന് ഈ പറമ്പ് ചെയ്തിട്ട് കിതാബുകൾ റിക്കോർഡാക്കിയിട്ട് ഇങ്ങനെ വിവാദത്തിന്റെ ഇനങ്ങളെല്ലാം റിക്കോർഡാക്കി വെക്കപ്പെട്ട ഒരുപാട് പുറമുണ്ടാവും ആതിരു നെസ് നെത്തിൽ നിന്ന് ഷാഫി മാബ് ഇത് ഹാർ ചെയ്തിട്ട് കുറേ ഷാഫി മാബിന്റെ നെസിൽ നിന്നെന്താക്കും ഗൂപ്പർ ഇന്നിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇന്നത് മനസ്സിലായി കത്തിയിട്ട് ആ വിവാദം ഇങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ഇന്നുകൊണ്ട് ശേഷക്കാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചിലർ എന്താക്കും കിതാബ് ഇക്കാരുണ്ടാവില്ല മറ്റോടെ മനസ്സിലായിരിക്കും ചിലപ്പോണ്ടാവുക ചെയ്യപ്പെടുന്ന ബന്ധം കിതാബ് അതിനൊരുമിച്ച് കൂട്ടിയിട്ടുണ്ടാകുന്നത് ഇങ്ങനെ വന്നാലെന്താന്ന് ഇങ്ങനെ വന്നാലെന്താന്ന് അതിനൊക്കെ തെളിവ് വരായിരിക്കും ഇങ്ങനെയാ പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞു ആടെ പാൽ കിട്ടാ പറഞ്ഞു അതിന്റെ അപ്പൊ ഇന്നതാ വരുന്നു അതിന്റെ വന്ക്കിന്നതാ വരുന്നു അതിന്റെ മേക്കറോ ഇന്നതാ വരുന്നു അവ കയ്യിൽ ഇന്നത് കൊടുത്തു പോയി വക്കാർഗി കൗരി എന്റെ ഇന്ന കൊല്ലോണ്ട് ഇന്നത് പുറത്തുപോയി ഇങ്ങനങ്ങൾ പറയുന്നത് ഈ പുറയാത്ത് കൊണ്ട് ഏറ്റെടുത്തു നട്ടനാടകാരായിരിക്കും ആൾ പൊക്കഹാഗ് കറന്നു എങ്ങാകും പൊക്കഹാഗ് ബാഹികൾ ചുറ്റുപാടിന്നൊന്നുണ്ടല്ലോ വയ്യം ചോദിക്കും നിങ്ങൾ പൊക്കഹായ ഒരമാവ് തുന്നയിൽപ്പെടുത്തിയെന്ന് വയ്യം മറുപടി പറയും രണ്ട് മായത്താല്ലാക്കൾ മസാലിഹിൽ ബന്ധപ്പെട്ട പൊറോയിൽ കൽബി കൽബിന്റെ അഹവാലുമായി ബന്ധപ്പെട്ട ഇൽമുകള് അഹ്ലാഖ് മഹമൂദ കൽബിന്റെ മഹമൂദത്തായ് അസലാക്ക് മതമോമതായ് അസലാക്ക് വമ്മാഹ മറദീയ അള്ളാന്റെ അടുക്കൽ മറദീയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കൽബിന്റെ അഹബാർ ഏതാണ് മസാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെന്താക്കും ഓരോ ഡെസ്സിൽ നിന്ന് പറമ്പ് ചെയ്തിട്ടെടുത്ത മുൻസെഹ്നിണ്ട് അതുപോലെ വമ്മാഹുവൻ അള്ളാന്റെ അടുക്കൽ മറന്നീയത് മക്ൽ കിതാബ് എന്റെ ഈ കിതാബിൽ നിന്ന് അവസാനത്തെ ഉപയോഗ മുഞ്ചിയാത്തു അപ്പൊ ആ സമൃദ്ധ തവസ്കൾ ഇല്ലാന്ന് അമ്പത്ത് മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നേ ആ അതൊന്നും ഫിക്കന ഇണില്ല അപ്പൊ ഇവിടെ കൊശുവെ വാജിപാണ് റൊക്കിലാച്ചൻ അയച്ചേക്കാൻ കൊശുവേ സ്വല്ലത്തുന്നേ എണ്ണൂർക്ക് അത്രേ പറയാൻ കഴിയൂല അതിനപ്പുറം ഒക്കെ നിർബന്ധിക്കാൻ കഴിയൂല എന്താ കൊസ്വോ അടുക്കിരിക്കുമ്പോൾ കൊശുവായി സ്വല്ലത്താവുന്നു ഇവിടെ ഉണ്ടോ കൊശുവെ വാജിപാന്നു അതേ വ്യത്യാസം ആ പൊതുജനത്തിനോട് നിർബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഉറച്ചുവാക്കുകയും ചെയ്തു ഇതിനെക്കാളും ജീവിച്ച് ആക്കല അതിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞാൽ വായന ഹാറ്റി ആകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരുമിച്ചുകൊണ്ടാണ് അതെല്ലാം വേറെ അയാൾക്കൊപ്പം ചർച്ച ചെയ്തു അയാളുടെ മമാനി എന്തൊക്കെയാണ് അവാ്ക്കെന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പുസ്തകയുടെ ലഭ്യമാവാത്തത് അതുകൊണ്ട് ബുക്കാൻ പറയുന്ന കാര്യമില്ല ബൊക്കഹ അതിന്റെ നാഹിരാക്കാം ഇനി എത്ര പേരെ എനിക്കൊന്നും ഉണ്ടാവുന്നുണ്ട് എന്നാലും എനിക്കിരിക്കുന്നു പറഞ്ഞു നോണിക്കോ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ജനാപത് തന്നെ എനിക്ക് എന്നാലും ഉണ്ട് എന്ന് അവന്റെ വാക്ക് സംബന്ധിച്ച് പോലെ നിൽക്കാനും തങ്ങിയത് വിധീകരിപ്പിക്കില്ല നമ്മളിപ്പോഴത്തെ കണ്ടിരിക്കും പോലെ ആഴത്തിരട്ട് പാട്ടാണ് പാടിക്കൊട്ടെ കണ്ടായിരുന്നൊക്കെ നമ്മുടെ പോയി എന്റെ ഈ കിതാബിൽ നിന്ന് പറഞ്ഞാ അയനെ ജുമലത്തെ കിതബ് ഹജാബ് ഒഹ്മദ്ദീ എന്ന് പറയേണ്ടി വന്നത് ആ ഹാദൽ കിതാബ് കിതാബുൽ നിൽമ ഇവിടെ തുടങ്ങി ഒന്നാം ജിദ്ദയിൽ ഒന്നാം ജിതിയിൽ നിന്നുള്ള കിതാബുൽമു ഹാദൽ കിതാബ് എന്ന് പറയുന്നത് കിതാബുൽ ഇൽമിൽ നിന്നുള്ള നാലാം ദുസക് എന്ന് കാണൂല അതിനാ പറഞ്ഞു ഹജാബീ മൊത്തത്തിലുള്ള കിതാബിന് നാലാം ദുസ്ക് എന്ന് വമിന്ധു അതിൽ പെട്ടെന്നുണ്ട് അൽമിമാത്രം മിനൽ കൽ അനൽജവാരികൾ കൽബിൽ നിന്ന് എന്താക്കുന്നറിയോ ആവി ആഴ്ച പുറത്ത് ജവാനി മേലേക്ക് എത്തുന്നുണ്ട് ആത് കൽബിൽ കേന്ദ്രീകരിച്ച പുറത്തേക്ക് വരുന്നത് തറച്ചത് ഇബാദാത്തിലും ആദാത്തിലൊക്കെ അതേതും പ്രത്യേക ആദാബോലും കൽബിന്റെ ഉള്ളിൽ ഏതിരെ റൂട്ട് തിരിയായിരുന്നു അപ്പം ജവാനി എന്താക്കും ആ റൂട്ട് അനുസരിച്ചാണ് ജവാനിയാണ് നിയന്ത്രിക്കുന്നത് അതിപ്പോ മക്കത്തെ പള്ളി കറവരെ വർത്താനം പറയുന്നു റോദാ ശരീഫിന് വർത്താനം പറയുമ്പോ ഈ തടയാൻ വകുപ്പില്ലേന് ആ തടഞ്ഞാൽ അത് വേറൊരു വർത്താനാവുന്നല്ലേ ഇന്നെ പ്രതികരിക്കുന്ന അറിവ് ചോദിക്കുന്നത് തടഞ്ഞാൽ അത് വേറൊരു വർത്താനല്ലേ അവൻ വർത്താനത്തിന്റെ ഓള് വർത്താനല്ലേ അതുകൊണ്ടാണ് അഥബ് നല്ല കൽപ്പിന്റെ ഉള്ളിൽ നിന്ന് വന്ന് തിവന നിയന്ത്രിക്കണം എന്നാലേ അഥബ ഉള്ളൂ നിയമം കൊണ്ടാകുന്ന അടബാ സംഗീത എന്ന് പറഞ്ഞില്ലേ അതിനോടും പറയുന്നു കൽബിന്റെ ഉള്ളിൽ എന്താക്കും ജവാലിന്റെ മേലില് താസ്റ്റു ഹൈറ്റ് വരും എന്തിന് ഇബാദത്തിലാവട്ടെ ആദാത്തിലാവട്ടെ ഒരു പ്രത്യേക ആദാബോടും ചെറിയപ്പെട്ട ഒരു കൃത്യനിഷ്ഠയും ഒരു ചട്ടവും ഒട്ടെല്ലാം ഒത്തു വരുന്നുണ്ട് അങ്ങേതായിരിക്കും ബഹുബൽ അഹബി അബ്ലാദൽ കിതാബ് എന്റെ ഈ കിതാബിൽ നിന്ന് എന്താക്കും ഒന്നാം ജുക്കാസിന്റെ ആദാബ് വധുവിന്റെ ആദാബ് അജിന്റെ ആദാബ് ഹജ്ജിന്റെ ആദാബ് ജിയാറുക്കിന്റെ ആതാബ് എന്നിട്ട് ഇങ്ങനെ ഉണ്ടെന്നതാണ് ഇതിൽ രാത് കൽബ് ശരിയായതിനു ശേഷം കൽബിന്റെ ഉള്ളിന് ജവാനയിലേക്ക് വിട്ടുകറന്നിച്ച ആധാറുകളൊന്നും കണ്ടു എന്നാഥിന്റെ ആധാർ പഠിപ്പിപ്പിക്കുന്ന നമുക്ക് ഇല്ല ഓന ഉള്ളു ഉൾക്കൊള്ളാത്ത കാലത്തോളം ഉണ്ടെടുക്കണം ഇങ്ങനെ വന്നുകൊണ്ട് ഉണ്ടിപ്പിക്കാൻ നമുക്ക് ഇല്ല എന്തും തന്നെ കൽബിന്റെ ഉള്ളിനേക്ക് വരുത്തുകയാണ് അർത്ഥത്തിന് തൂക്കത്തിൽ കുറക്കാൻ പാടില്ലാതെ നിയമം കൊണ്ടാന്നാണ് ഈ നിയമത്തിന് ഇല്ലാത്ത കുറക്കില്ലേ പക്ഷെ കൽബിന്റെ ഉള്ളിൽ ഇത് ചെയ്യുന്നത് പണ്ടിനെയാണ് എന്നുള്ള കൽബ് അതിനെ പ്രതികരിക്കുന്ന ചുറ്റുപാട് പറഞ്ഞാൽ ഇനി എല്ലാവർക്കും നിയമം ഇനി മുതൽ എല്ലാവർക്കും അർത്ഥത്തിലും തൂക്കത്തിൽ കുറക്കാവുന്നതാണ് എന്നൊരു നിയമം പാസാക്കിയാൽ ഇവന് അത് ചെയ്യാറുണ്ടാവില്ല കൽബിന്റെ ഉള്ളിന് പുറത്തേക്ക് വരും ഇനി വന്നർ പുസ്താരി ചേരാണ് എന്ന് പറഞ്ഞില്ലേ അദാ മുഖദ്ദിമാതൻ ന വഹിയല്ലതി തജ്രീ മിന്നൂ മഅദൽ ആലാ നമ്മളെ ഒന്നാമത്തെ പറഞ്ഞ ഉസൂറു പൂർവതാ അതിൻ്റെ സ്ഥാനത്തോ ആടയുടെ സ്ഥാനത്തോ നടക്കുന്നത് മുഖദ്ദിമാതാണ് ഖുദാനകഹ ഇൽമി ലുഗതി വ അഹ്മ ഖാലേ അതിനൊന്നും ഇല്ലാണ്ടി നേത്ത് വെളിന്നൊന്നും പറ്റങ്ങിട്ടു ഇല്ല ഫൈന്നഹുമാ ആലതുൻ ലി ഇൽമി കിതാബില്ലാഹി വ സുന്നതി നബിയഹി സല്ലല്ലാഹു അലൈഹി വ സല്ലം അള്ളാഹുവിന്റെ കിതാബോ സുന്നത്തുകളോ മനസ്സിലാക്കാനുള്ള ആലത്തുകളാണേത് ഇൽമുൽ ലോകത്ത് നെഹബ് എന്നല്ലാണ്ട് ലോകത്തും നെഹബ് നേർക്ക് നേരെ ചെറയിൽ കയറി വരാൻ നിവൃത്തിയില്ല അതിൽ ചെറിയ ലോകത്തും നെഹവു സറഫും ഒന്നും അല്ലെറിയല്ല അതുപോലെ സാഹിത്യം പഠിക്കുന്നതൊക്കെ വേറെ വേണമെങ്കിലും പഠിക്കാം പക്ഷെ വരാക്കിൾമാൻ അത് രണ്ടിലും പഠിക്കലിൽ ആദ്യമാണെന്ന് എപ്പോഴാണ് ബി സി ഷറഹ്റ കാരണത്താലാണ് എന്താ ഇത് ജാകത്തിനാഥി ശരീരത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ശരീരത്ത് വന്നതെങ്ങനെയാണ് ലുഖത്തിൽ അറബി അറബിലുഖത്തിലും അപ്പൊ അതിന് കെട്ടയച്ചു കിട്ടണം എങ്ങനെ അറബിലുഹത്ത് പഠിക്കാത്ത കാലത്തോളം നടക്കൂല കത്തി കിട്ടണമെങ്കിൽ കൂടാണ്ട് കഴിയൂല വക്കുല്ലു ശരീരത്തിൻ എന്ത് ശരീരത്തും ഇല്ലാത്ത നെഹറും ഇല്ലാതെ ലോകത്തിന് എന്തെങ്കിലും ലോകത്തിൽ കൂടി അല്ലാണ്ട് ഇവിടെ നാഹുരാകില്ലല്ലോ ഏത് അഭിമാനം കൊണ്ടാണെന്ന ശരീരത്തും ദാഹിരാണാകുമ്പോൾ ലോകത്തില്ലാണ്ട് വറ്റൂല ചിലതിന് അറബിയായിരിക്കും ചിലതിന് വേദാ ഭാഷയായിരിക്കും അപ്പൊ പയസീറോ തഹല്ലമോ തിൽക്കൽ ലൊകത്തി ആ ശരീരത്ത് വന്ന ലുകത്ത് പഠിക്കലായി ആലക്കൻ അതൊരാത്തായി മാറി ഇനി ആരാത്തിൽപ്പെട്ട ഇനിയും ഉണ്ട് പബിനല്ല ആരാത്തി എഴുന്ന കിതാപത്തിൽ എഴുത്ത് പഠിക്കലും ആരാത്തിൽപ്പെട്ടത് തന്നെയാണ് ഇത് എല്ലാവർക്കും മനഃപ്പാടാക്കി വെക്കണം എന്ന് പറഞ്ഞ് നടക്കൂല അപ്പൊ മറന്നുപോകാൻ താങ്കൾക്കുള്ള എഴുതി വെക്കണം എന്ന ഒരു രീതി വേണ്ടേ അപ്പൊ എഴുത്തുപഠിക്കണം ഇല്ല അന്നതാലികറൂറി പക്ഷെ എഴുത്ത് പഠിക്കുന്ന ദറൂരിയല്ല നെറൂരി അല്ല ഇങ്ങനെ ഞാൻ കാണാപ്പാടാക്കിക്കോടു വെക്കുന്നു അതിനെല്ലാം ഞാൻ തീടി പിടിച്ചു വെക്കാൻ നോക്കിയിരുന്നു എഴുതേ വേണ്ട അപ്പൊ ഇക്കാലത്ത് തൊണ്യായിക്കൊടുക്കുകയാണ് ഇതിനാണ് ഈ മിസി ഇറങ്ങുന്നവർ ഉണ്ടാകുന്നു ഇപ്പൊ മൂന്ന് അക്ക സംഖ്യ കൂട്ടാൻ വേണ്ടി മിസി ഉപയോഗിക്കേണ്ടി വരുന്നു വയനാട് കാണാപ്പെടാൻ പറ്റിയിട്ട് നൂറ് നൂറ് കണക്കിന് സാധനം പലചരക്ക് സാധനം കണക്കുകൂട്ടുന്ന പീസനെടുക്കാറില്ലേ എടുത്തുകൊടുക്കുന്നതിന് സാധനം എടുത്തുകൊടുക്കുന്നവർ കണക്കുട്ടിന് മൊത്തം പേശനത്തെ പറയും ഇപ്പൊ മൂന്നക്ക സംഖ്യ കൂട്ടണമെങ്കിൽ കൽകൊണ്ടിട്ടോ അല തുറങ്ങുന്നവർ ഉണ്ടാകേണ്ടത് പഠിപ്പ് പറഞ്ഞു കൊടുക്കുകയാണ് അത് അതിനോട് ഹവാല ചെയ്യും മനസ്സിന് അധ്വാനില്ല ആ സ്ഥിതിക്കണ്ടാം പിന്നെ ഉറങ്ങാൻ തിരക്കെല്ലാം അവര് ഡിഗ്രി കൊടുക്കുമ്പോ ഇതെല്ലാം കൊടുക്കുന്ന ബാക്കി ഡിഗ്രി മറ്റേ പൈസ ഡിഗ്രി എന്നെല്ലാം പറഞ്ഞ കാസറ്റുകൾക്കും കൊടുത്തിട്ട് കൊണ്ടോ എന്താ ഇന്നെങ്കിലും അസംബിച്ചു പഠിക്കുന്ന വ്യക്തമാണ് ഇത് എന്താണെന്നറിയില്ല നമ്മ കാറ്റിലുണ്ടാവും ഇത് കാരൂള്ളുന്നു അതുകൊണ്ട് എല്ലാവരും എട്ട് പഠിക്കൽ ഉജ്വമാണെന്ന് പറയാൻ നിർത്തിയിന്നില്ല പക്ഷെ വനവ് തൊസ്വമ്പ് ഹെഫുലി വരാന ഹൈഫെന്ന് നിലനിൽക്കുമെന്ന് തസപൂർ ആക്കും പക്ഷെ വലാസിൻ്റെ അതിഥിച്ചി റാലിബിനും അതിഥാണല്ലോ ഇങ്ങനെ മനപ്പാടാക്കല് അതുകൊണ്ട് എഴുത്തുകയും കണപ്പാടാക്കലിന് പകരം നിൽക്കാൻ വേണ്ടി വേറെ ഒഴിച്ചുകൊണ്ട് എന്തൊരു പറച്ചിലേത്തിനു അന്നടാബേതാ ഖുർആാൻ ഖുർആാനിന്റെ ഇൽമിലിട്ടത് അതായത് എല്ലാം അതിന്റെ ലഹുനുമായി ബന്ധപ്പെട്ടതിന്റെ മാനിയുമായി ബന്ധപ്പെട്ടവരുടെ അഹക്കാമുമായി ബന്ധപ്പെട്ടത് അങ്ങനെ പലതും പോകുന്നു ലഫുനുമായി ബന്ധപ്പെട്ടേതാ മഹാരജിന്റെ അങ്ങനെ പോകും അതെല്ലാം എല്ലാം കൂടെ കൂടിയ എന്താണ്ട് അതിന് തിലാപത്ത കൂടുക തിലാപത്ത് കിട്ടി കഴിഞ്ഞാൽ മാനി വരെ നടക്കുന്നുണ്ടല്ലേ മാനിയിൽ നിന്ന് വേറെ അഹക്കാമപുറ്റടത്തിന് വേറെ അടക്കുന്നുണ്ടല്ലോ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇലാമായ താലിലും ബിൽ ലഭുൻ ലഫുന്ന് മാത്രമായി ബന്ധപ്പെട്ടതുണ്ട് കഥാലിനൊമ്പിൽ കിട ആ വിധങ്ങളായ കഥാത്തിനെ പഠിക്കൽ മഹാരജ് സ്വരൂപ പഠിക്കൽ അങ്ങനെ ഒരു എനിയോ വൈലാൽക്കും മായനുമായി ബന്ധപ്പെട്ട ഇനം ഉണ്ടാകി ബിൽ ബാക്കി പക്ഷെ നാവിലേ ഉണ്ടാവുള്ളു മായനയുമായി ബന്ധപ്പെട്ടതാക്കാ തസ്തീർ പോലെ തസ്തീറു മായനയുമായി ബന്ധപ്പെട്ടതാ എത്തി മാതഹായിമാൻ എനി ആ തസ്ഫ്സീറിന്റെ എത്തി മാതണ്ടല്ലോ അതും നഖലിന്നമുള്ള കനിച്ചു മതിയാവൂല നെക്കിള് വേണം നെക്കിള് വേണമെങ്കിൽ നെക്കിള് ഏതിൽ കൂടിയാ വന്നത് ലോകത്തിൽ കൂടി ഇബിനാസങ്ങൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നെക്കിള് വേണമെങ്കിൽ ആ നെക്കിളിൽ ലപ്പുലിൽ കൂടിയില്ല എന്ന് അപ്പോ അവിടെ എന്ത് വന്നു ലോകത്തെ പിടിക്കേണ്ടി വന്നു ഇതിൽ ലുഗത്തു മുതർ ആ തസ്തത്തിൽ വെറും ലുഖത്തുണ്ടാക്കൂല ഈ തസ്തി കൊണ്ട് മുസ്തക്കില്ലാവൂല ഇതിനാ ഖുറാൻ ലഫ് മാത്രം ഭയക്കുക ഭാഷാ അർത്ഥത്തിൽ എന്താണോ പറയുക അത് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ മൂന്നിയിലിട്ടതാ ഇലാമ എത്താൽ പോലെ നാസിക്ക മൻസൂഖന്റെ അതിൽ പോലെ നാസിക്ക മൻസൂക്കിന് എന്താക്കും ഒന്നി രണ്ട് നെസ്സുകളിൽ രണ്ട് ജാതി ഹുക്കുമ്പോൾ ഒന്നിലങ്ങനെ ഒന്നെങ്കിലേ അങ്ങനെ വരുമ്പോൾ പരസ്പരം വരും തോന്നുമല്ലോ അപ്പൊ ഏതെങ്കിലും ഹുക്കുമ്പ് ഉറപ്പിക്കണ്ടേ അതിന് ഏതാണ് മുത്തക്കദീം ഏതാണ് മുത്തഹ് മുത്താഖന് മിക്കവാറും നാസിഹാവുമാരെ മുത്തക്കീമിന്റെ അപ്പൊ നാസിക്കേത് മൻസൂഖേത് തിരിയുമ്പടല്ലേ ഏത് ഹെക്കുമ്പോൾ ബാക്കിയുള്ള തിരിയും നാട്ടക്കരുടെ ഹക്കും ആയിരിക്കും ബാക്കി ഉണ്ടാകാം മന്തുക്കാരുടെ ഹക്കുമ്പോൾ പോയി അത് ആം കാത്ത് വന്ന് ആമ കാത്ത് കൂടെ വന്ന ഏതാ ബാക്കി ഉണ്ടായി നാറ്റ മനസ് കൂടെ വന്ന നാസിക് ബാക്കിയാവും ആമ കാത്തും കൂടെ വന്ന ഏതാ ബാക്കി അതുപോലെ നെസും ലാഹിലും കൂടി വന്നു അതൊക്കെ സുരക്ഷിക്ക് പറയുന്ന കാര്യം നസും വാഹുവും നസും വാഹിലും തമ്മിലെതിരുണ്ടല്ല നസ് എന്ന് പറഞ്ഞതാണ് ഈ ഒരു ലബുദ് ഇതിനല്ലാതെ വേറൊന്നു സാധ്യതയില്ലാത്ത രീതിയിൽ കത്തയായി മാറില്ലെന്ന് നെസ് വാഹിറാ എന്ന അവസരത്തിൽ ഉണ്ടാകും ബാത്തിൽ മറ്റൊരു മായന ഉണ്ടായിക്കൂടാന്ന് വരൂല്ല അതിന്റെ ജമ്മിൽ ഉദാഹരണം പറഞ്ഞു എന്താന്ന് ഞാൻ അബ്ദുൾ ലതീ എന്ന് മുസ്ലിം ആറാൻ നിങ്ങളെ പുരിൽ കണ്ടിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു വാർത്ത പറഞ്ഞു നിങ്ങളെ പുതിയ അസീത്ത് ഉദാഹരണം കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അതിന് ഇഷ്ടമല്ലേ വേറെ ആളാവുന്നില്ല അല്ലെങ്കിൽ ബസീർ വാർത്ത പിന്നെ അവിടെ കണ്ടിരുന്നു അല്ലെങ്കിൽ അനീപ്പിനെ കണ്ടിരുന്നു നടപ്പം ഞാൻ വരുമ്പോ ആറ് മിറ്റത്തിന്റെ പോരാ അസത് നിൽക്കുന്നു ഒരാളോളിച്ചും പറഞ്ഞു അല്ലെങ്കിൽ കുറേ ഇനിമാർ നിൽക്കുന്നുണ്ട് എന്ന് അപ്പൊ ലാഹിർ എന്താന്ന് സാധാരണ നാല് കാലം വായുള്ള ഇമാറാവാൻ ആണ് റാഹിറ് പക്ഷെ പോയി നോക്കുമ്പോ ചിലപ്പോ ലാഹിറിനെതിരായിട്ട് ഇയാള് ഓന്റെ ഭാഷയിൽ ഇമാറായി കണക്കാക്കുന്ന ഏതോ ഒരാളാവാ അത് ലാഹിറല്ല ഓന്റെ മനസ്സിലല്ലേ വേറെ ഉദ്ദേശം അതേസമയം അസീസിലേക്ക് കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആവാൻ അതാണ് ലഫ്സ് ഈ കിളിമത്ത് നിങ്ങളിലാവല നഷ്ടം മറ്റേത് ഒരസവിനെ കണ്ട് അല്ലെങ്കിൽ ഒരു എന്താന്ന് ആളെ കണ്ടെങ്കിൽ ചൈത്താനെ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ചൈത്താനാവല ലാഹിറാണെങ്കിലും ചിലപ്പോൾ ചൈത്താനെ പോലത്തെ ഒരു കൊടി വഹനാവാം എന്നുള്ളതിനും അവിടെ വ്യക്തിമായ അവിടെ വക്കി ഉണ്ടാവും ഇതൊരു ലാഹിർന്ന് ഇങ്ങനെ അറിയിക്കുന്നു എന്ന് ചിലത് ിൽ ബഹളി മിന്നുമാരിൽ ബഹതി ഈ മേൽപ്പറിയപ്പെട്ടതിൽ നിന്ന് ചിലത് ചിലതിനെ എത്രകാലം ഉപയോഗപ്പെടുത്താം നാസിഹും മൻസൂഖം കൂടി വന്നാൽ എന്താക്കും നാസിക എല്ലാം തീരുമാനിച്ചു മൻസൂഖ എല്ലാം തീരുമാനിച്ചതിന് ശേഷം നാസിഹന്റെ ഹക്കാം ഉപയോഗിച്ചിട്ട് മൻസൂഖനുണ്ടാക്കും ജനസിലാക്കും കൂടി വന്നാൽ ഏതിന് മുൻഗണന കൊടുക്കണം ഒരു തീരുമാനം നസും വാഹനം തമ്മിൽ എതിരായാൽ എന്തിനുഗണന അതാണ് വാർന്ന് വാഹനം ഉപയോഗപ്പെടുത്തൽ അതൊക്കെ ഉസൂർ ഉത്സിഖ് ചർച്ചകളാണ് ഇതൊക്കെയാണേത് ഉസൂർ ഉത്സിഖ് എന്ന് പറയപ്പെടുന്ന ഫിൽമുകൾ ഇതാണ് അല്ലെ അപ്പം മൂപ്പുറത്ത് ഈ ഇൽമിൽ കുർഹാൻ എന്നല്ലേ തുടങ്ങിയത് അല്ലെ എന്നാലും വയത്തനാവൽ സുന്നത്തായാലും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഹദീഫിനെയും താമരാക്കുന്ന പറയും ഹദീഫിലുണ്ടാവിയത് നാസക്കണ്ട മനസൂഫുണ്ട് ഹദീബിന്റെ മറ്റേ വിവിധങ്ങളായി ഏറാം അനുസരിച്ച് ഹക്കാമ് മാറുമ്പോൾ ഇന്ന ചുമ ഇന്നുള്ള അതിപ്പാണോ എല്ലാ പുതിയ മുക്തതയാണോ എന്നുള്ള തർക്കം അനുസരിച്ചിട്ടുണ്ടാകും ഹക്കാമ മാറുന്നില്ലേ അങ്ങനെ മുൻദീകളും ഓരോ എനി ആട്ടാറുണ്ടേ ആസാറൊന്ന് ഈ പറയപ്പെട്ട മുത്തമ്മി മാതക്കുണ്ടെന്ന് അതാ വ അമ്പൽ മുത്തമ്മി മാത പിന്നാസാദി വലാതിലേതാ വൽമുതി റിജാൽ ഹരി ശ്രീവാറ്റ് ചെയ്ത റിജാലതാ ആ റിജാലെ ചരിത്രം പഠിക്കുന്നു എന്നിട്ട് വേണം ഈ പറഞ്ഞ ഈ വാക്കിന്റെ കനംതിരിയാണ് ആര് പറഞ്ഞത് അതിന് എങ്ങനത്തെ അവളാ പറഞ്ഞു നോക്ക് അപ്പൊ സാധാരണ മുതലാർക്കെ പറഞ്ഞതും ഈ മനസ്സാഫി തന്നെ പറഞ്ഞതും തമ്മിൽ നോക്കുമ്പോൾ ഇന്നെ മനസ്സിലാക്കാൻ ഞാൻ ഈ രണ്ടും തോന്നലുണ്ടോ അതുപോലെ ഇതാരും ആരാ റിപ്പോർട്ട് ചെയ്ത് ആരാണ് അസുമാറൈറ തുടങ്ങി ഓർ പേരി അൻസാബ് എന്ന് പറഞ്ഞാൽ ഓരോ കബീലയിലേക്ക് അവൻ ചെന്ന് മുട്ടും നാളെ മകനാണ് ഒറ്റ പേരുണ്ടാവും ചിലപ്പോ ഒറ്റ പേരെന്നെ കബിലേക്ക് മുട്ടും പാടു മാറി അബു സുഫിയാന്റെ മാത്രം കേട്ടു അബുൽ സഫിയാൻ അബു സഫിയാൻ പിന്നെ ഹറബുണ്ട് കബീലിയാണ് അല്ലെ അബു സഫിയാൻ പിന്നെ അബ്ദുൽ മുസ്തിബിൻ അബു സഫിയാൻ പിന്നെ ഹാരിസ് ഉണ്ടല്ല അബു സുഖിഅലിമിന്നൽ ഹാരിഫുണ്ട് ഹാരിഫാരാണ് അബ്ദുലാൻ അബ്ദുൽ മുസലിമിന്റെ മകനായ ലബി സലി തങ്ങളുടെ മുട്ടാഫിയെന്നായ ഹാരിഫ് അപ്പൊ ഓരായി ചില ബാനു ഹാജി മാറ്റി വന്നു കേട്ട അബു സുഖിയെന്നെ ചെയുറഫീസ് എല്ലാവരും മുട്ടപ്പ പറയേ അതും അന്ന് പ്രളയമാനും മകര നാമക്കല്ലേ ഹാരിഖുണ്ട് ഗബീർ ഉണ്ട് അവിടെ ഗബീർ എന്നാക്കണം സബൈർ എന്ന ബൈക്ക് തെറ്റാന്നറി എല്ലാവരും കസ്മീറാക്കിയിട്ട് ബൈക്കിലുണ്ട് അത് ല്ല അത് സുബൈബിലെ അക്ബാ അഭിനന്ദ ഏട്ടപ്പടാം അബ്ദുൽ മുത്തലിബിന്റെ മകനായ സുബേന ദബീർന്ന് വായിക്കണമെന്നാണ് പ്രത്യേകം ഇബ്ബുലി സാമിനെ ചടങ് നടത്തുകയും അബു ലഹബ് അബു താതിബ് ഹംസത്ത് അബ്ബാസ് ഹാരിക്ക് ജബീർ നരം അബ്ദുൽ നാഹി ഏഴായി പിന്നീട് കാണുന്നു പത്താമക്കിടക്ക് പത്താം കടത്ത് ആറാമറ്റ പെണ്ണും ആറു വാര്യമാണെന്നും വിരുദ്ധമായ രീതിയിൽ നിൽക്കാഹ് ചെയ്തിട്ടില്ല എന്നാണ് കത്തുന്നു അപ്പൊ നാടിൽ കൂടുതൽ അക്കാർക്ക് അനുമതിപ്പെട്ടില്ല അപ്പൊ വീതങ്ങളെ നിൽക്കാറാണ് അത് എത്ര ആരുടെ ആരുടെ കത്തിക്കുന്ന എന്ന് കണ്ടിട്ടില്ല ഇന്നാളെ മോൾ ഇല്ല ആ വാരിത്ര അണിത്ര കൊള്ളു ഇന്നാളിത്ര അണിത്ര കൊള്ളു അപ്പൊ ഇന്ന ഇന്നാള് ശസി കഴിക്കും ഇന്നാള് അസല്യപായി അബ്ദുൽ കയ്യും അബ്ദുൾ അബൂ തറിയും ശശിക്കും പറഞ്ഞു മറ്റേത് അസല്യപായിക്കാം അഭിനന്ദിക്കും പിന്നെ അരി ഒരാൾ മാറാനൊന്നില്ലേരാബു സാലിമിന്റെ മക്ക ഉണ്ടല്ലോണ്ടല്ലോ നമുക്ക് പറഞ്ഞു പിടിച്ചരാം അബുസാലിബിന്റെ സ്വന്തം പേര് പാലിന് വെച്ചല്ലേ അബുസാലിബ് അമ്മേനെ പേരാന്നല്ലേ അക്കമ്പു അല്ല കുഞ്ഞു അബു സാലിമിന്റെ സ്വന്തം പേര് ഒന്നും ഉണ്ടാവല്ല പാലിങ്ങോന്നു അവരെ കൂട്ടിത്തരാ അത് അബു താലിബ് എത്ര അങ്ങനെ കഴിക്കുന്നു ഓരോ അംഗത്തെ എത്ര നോക്കണ്ടെന്നും പ്രതിബുദ്ധം അക്കീല് അതിൽപ്പെട്ടവർന്നല്ലേ മോനില് എന്തൊക്കെയാണല്ലോ മറ്റേ ഹബീജ അബീബിന്റെ പൊരമാങ്ങി പള്ളിയാക്കിയത് അഖീലിന്റെ വെക്കന്ന് മാവിയെ മാങ്ങിന്ന് പറഞ്ഞിട്ടല്ലോ അബിസമെന്ന് തങ്ങളുടെ താമസത്തിന്റെ പരിയിലിരുന്നു ഹതിജാബീൻ വെച്ചതും മഫാത്താമെ കഴിഞ്ഞുകൂടിയിലും ആളു മക്കളെ പ്രസവിച്ചതുമായ പൊര ആ പൊരയെപ്പറ്റി മക്കത്ത് പരിചയപ്പെടുത്തുന്ന സ്റ്റീക്കാണ് ഇത് ആദ്യകാലത്തെ ഹതിജാബിന്റെ പരിയായിരുന്നു ആ പൊര മാവിയാർ അഭിമുഖാറുമായിരുന്നു ഹദീബിനായ കാലത്ത് വിലക്ക് വാങ്ങി ആരോക്കെന്ന് അക്കല പിന്നെ അബി താലിബിനോട് വിലക്ക് വാങ്ങിയിരുന്നു ബക്കീലിനെ കഴിഞ്ഞാൽ ഉണ്ടായെന്നവൻ ആലോചിക്കുന്നു എന്നിട്ട് അതിനാൽ പിന്നീട് പള്ളിയാക്കി മാറ്റി അങ്ങനെയാണ് മസ്ജിദ് കദീജ അറിയപ്പെട്ടത് ഡാറു ഖദീജ മിച്ച് മസ്ജിദ് ഖദീജി മാറ്റി അതേലബന് അതേ താലിഗൻ പറയുമ്പോ അബോ താലിവിന് ആ പരാകെട്ടം തന്നെയാണ് അതേരന്റെ പരാജയത്തിലേക്കു ശരിക്കും അതിജീവിലേക്ക് ചേർത്താല് ഭർത്താവിന്റെ എം എൽ എ എഴുപത്തൊന്നാം ദിവസല്ലമ്മ തങ്ങളുടെ ബസാവിന്റെ അമ്മ ആര് അബു താലിബ് പെട്ടെന്ന് ഹദീജ ദീബിക്ക് മുമ്പേ അബു താലിബ് ബബാദ് തായിച്ചുണ്ട് മൂന്ന് ദിവസത്തെ വ്യത്യാസം അബുസാലി ബാദി അപ്പാത്തായി ദിവസമാണ് ഹലീജാ ദീജിയ പത്ത് ബത്താലു ഖലീജത്തു വത്താലുഹു ഹലീജു എന്നാണ് തുറന്നു വന്നു ിൽ നിന്ന് പുറത്തു വന്നപ്പോലല്ല നമുക്ക് അതിമുസാദിമിന്റെ കവറും ആലേക്ക് കാണാം ചിലത് കഴിഞ്ഞാണെന്നില്ല വേണ്ടിങ്ങനെ വേണമെന്നില്ല ചെറുതായില്ല ഗീത മാത്രം നോക്കിയിട്ട് അതിനാങ്ങൾ തൊട്ട് തൊട്ട് തൊട്ട് കാണിച്ചാണ് ഇത് വേണ്ടേ അത് ചെറുതേ കഴിഞ്ഞാണെന്നുള്ളത് പത്മാധീബന്ധനുണ്ട് അബ്ദുൽവാഹി പിന്നെ അങ്ങനെ വളരെ പ്രസിദ്ധരായ കൊട്ടാകുന്നുണ്ട് അബ്ബു താരീഫ് അബ്ദുൾ മുത്തലിഫിന്റെ കബറും അരിങ്ങനെ മരുന്നുകളായിരുന്നു ഈ പ്രശ്നത്താണ് കബറയും അറിയില്ല ഇവിടെ ഞാൻ കൊണ്ടത് അങ്ങനെ അറിയിപ്പിന്റെ കബറും കൊണ്ടാന്ന് വന്നിട്ട് അബ്ബായിട്ട് എഴുതി ഇത്തരം കണ്ടിട്ടാണ് ദീർ തറീഫ് ആ ഇങ്ങനെ മനസ്സിലായില്ല അങ്ങനെ പക്ഷാ കാണിച്ചത് എസ് കലാ കാരണം മക്കത്തുനിന്ന് അത്ര ദൂരം കാണുന്നുള്ളോ അപവാദം എന്നുള്ളത് മക്കന്റെ മതിന്റെ ഇടയിൽ നിശ്ചിത ദൂരം പറഞ്ഞിട്ടില്ല മക്കയിൽ നിന്ന് ഇത്ര ദൂരം മതിനിത്ര ദുരന്തം ആ ദൂരം ഒക്കുന്നില്ല മക്കളെ കൊണ്ട് വളരെ അടുത്തിട്ടാണ് നിങ്ങൾ കബറുണ്ടായിന് കാണൂല അത് ഇബ്രാഹിം അലഹി സ്വലാമിന്റെ ഗവർണെപ്പറ്റി ഇവിടെ കസീ തങ്ങൾ പറഞ്ഞുതന്നെ ബൈക്കൽ മുഹബ്ദനി സുലൈമാൻ അലി ഇസ്ലാമുണ്ടാക്കിയ ഒരു മക്ബർ മറബായത്ത് ഹവാസുനാസിന് മറമാടാൻ വേണ്ടി സുലൈമാൻ അലി ഇസ്ലാമ് ഒരു മൈതാനി ഒരു തിരഞ്ഞെടുത്തിന് മറബായത്തുണ്ട് മറബായത്തിൽ ഫതി ഇക്കാലത്ത് അറിയപ്പെടുന്നത് മമ്പാത്തുൽ കദിയും അതിന് എങ്കിലത്തി പറഞ്ഞത് അതിന്റെ ഉള്ളിലാണ് ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ കബറ് ഇസാഹ് അലിഹ്സ്ലാമിന്റെ കബർ യസുബ് അലി ഇസ്ലാമിന്റെ കബറ് മൂന്നാളെ കവറുള്ളിലാണെന്നും പക്ഷെ മൂന്നിൽ പെട്ട അയിനേതും ബുദ്ധിമുട്ടില്ല മൊത്തത്തിൽ ഓറെ കവറാന്ന് മനസ്സിലാക്കി എല്ലാം അതിൽ ചോദിച്ചു അതാണ് അഥവിന് കണ്ടത് എന്ന് ആര് പറഞ്ഞാൽ അതുകൊണ്ട് ചവിട്ടണ്ട അയുദാസ എന്നോ അന്തുദാസ് അത് ചെക്കുന്ന ഏകത്തോട്ട് സൂക്ഷിക്കണം ഓറെ അയത്തുകാലത്ത് പോലെ നെറുമ്പത്ത് പാലിക്കണം ഇതൊക്കെ തീർന്നിട്ട് പിന്നെ ഓറ് മിസ്റ്ററിലേക്ക് പോയി അവർ നോക്കാം ഓരോ കപ്പ് മിസ്റ്ററിലാവണത് അപ്പൊ മിസ്റ്ററിലേക്ക് ഓറെ പൂത്തിക്കൊണ്ട പോയില്ല ലേക്കൊക്കെ ഇത്തില്ലാവിന്റെ പെഞ്ഞിയും വീണ്ടും മിസ്റ്റ് നോക്കുന്ന രീതിയിൽ വന്നതാണ് ഉറപ്പായടത്തി വഫാബോധല്ലോ ഇസ്ലാം അവിടെ മുന് അടുത്ത് മിസ്സല്ലേ കൊട്ടപ്പനി മിസ്റ്ററിന് വഫാത്തായത് ആണെങ്കിൽ പിന്നെ വെച്ചുമുഖത്തെ കൊണ്ടുപോയതാണോ അബർ വരതി വലത് വരതിട്ട് അതിനുള്ള തപാത്തറുണ്ട് എങ്ങനെയാണെങ്കിൽ ഇബ്രാഹിൽ ഇസ്ലാമിന്റെ കബർ ക്ഷേപത്തിന്റെ പരിസരത്താന്ന് ആരോ പറഞ്ഞ് ഞാൻ പറഞ്ഞ എല്ലാം എന്നു നിശ്ചയിച്ചത് പിന്നെ ആത്മാ സഹാബ സഹാബത്തിന്റെ പേരുകൾ എന്തിന് താപയെങ്കിൽ വേർതിരിക്കാൻ അതുപോലെ അവ ഈ പറയപ്പെട്ട ആൾക്കുള്ള സിഫാത്ത് ഹിമിന്റെ സമീറിടുത്തേക്കാണ് അടങ്ങുന്ന വിജാലിലേക്കാണ് അടങ്ങുന്നത് മേൽപറയപ്പെട്ട വിജാല് അതുപോലെ അസ്മാവ് സഹാബത്ത് ഇവർ പറയപ്പെട്ട ആൾക്കുള്ള സിഫാത്തുകളുണ്ടല്ലോ എങ്ങനെയായിരുന്നു തക്കെങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ വൽമിൽ അദാലത്തേക്ക് പോവാളിൽ അദാലത്ത് വണം പറഞ്ഞാൽ ഏതായി അദാലത്ത് അദാലത്ത് ദിവാത്തേതാണ് അദാലത്ത് ഷഹാദത്തേതാണ് എന്നൊക്കെ പറയേനങ്ങളുണ്ട് റാബിയാകാൻ ആവശ്യമായ അദാലത്തുണ്ട് ഷാഹിദാകാൻ ആവശ്യമായ അദാലത്ത് വർഗുണ്ട് അതാണ് പറയും അതേ അതിലാണ് പറയുന്നത് അൽ ഹദീഫലാ പറയാ പ്രത്യേകിച്ച് നോക്കമേലൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ചെറിയ കിട്ടാൻ വന്ന വളരെ മൊത്തത്തില് അതേ വറന്നെ മുന്നിലില്ല അസഹൻപാദിന്റെ നമുക്ക് ഇത്ര പണ്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒഴിവും അതീസുവാൻ വെച്ചൻ പാദിയുടെ ഒരു വോളിയം തന്നെ എഴുതി മുന്നാ അതീനെ ഉപയോഗപ്പെടുത്തി എന്താണ് ഓരോ അതിനുള്ള ആഴ അക്രമം ആഴ മുന്ന ആലോചിച്ച് തോന്നുന്നു നമുക്ക് ഒരു എത്ര അധികം നമുക്ക് അതിനെ പറ്റിയൊന്ന് ക്ലിയർ ആക്കാമെന്ന് പിന്നെ വൻ അഹബാനും ഇവരെ പറ്റിയുള്ള അഹബാന കൊണ്ടുള്ള ഇൽമ അതായത് ആരിക്കാണ് ഓർമ്മശക്തി കൂടുതൽ ആരിക്കാണോ എന്നിട്ടുണ്ടാവില്ല അതായത് ആയ ആളാരാണ് നായിഫായ ആളാരാന്ന് വേദനിക്കാൻ വേണ്ടിയാണ് നെല്ലെടുക്കുന്നത് അതാരത് കൂടിയാളും കുറഞ്ഞാലും അതായത് ഓർമ്മശക്തി കൂടിയാലും കുറഞ്ഞാലും പിന്നെ ബാസായിച്ച് അങ്ങനെ കുറയുന്നുണ്ടാവില്ല അടുത്തോളും അതുപോലെ വലിമി ഓരോരുത്തരും ജീവിച്ച കാലഘട്ടം എത്ര വയസ്സിൽ ജീവിച്ചിട്ടുണ്ട് അത് അലീമീതൻ മുറുത്തും അലീൽ മുത്തലാണ് മുറുത്തലേതാണ് റാവിന് കളയപ്പെട്ടത് മുറത്തൽ ഋതു പറ്റട്ടത് അതീതിന്റെ ഇനമാണ് ഏത് വല്ലക്ക് മുറുത്തല് മുങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇനങ്ങളുണ്ട് മുങ്കത്തിയ പറയുന്നത് അതീ എവിടെ ആള് പോയാലും മുങ്കത്തി മുത്തത്തില് അമ്മ കൂട്ടേക്ക് കേൾക്കാൻ പണ്ട അഞ്ച് ആള് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഒന്ന് കൊയിഞ്ഞു പോയാൽ സ്ഥലത്ത് മുങ്കത്തിയായി തുടക്കത്തിലാണ് നമുക്ക് ഇരുവാൻ ചെയ്തിരുന്ന ഉത്താദം മുതൽ തുടക്കത്തിലാണ് ആള് പോയതെങ്കിൽ എന്താ പറയുക വാലക്കുന്ന പറയുക അപ്പൊ നമ്മളിപ്പൊ മിക്കവാറും മിക്കത്തിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും വാലക്കായിരിക്കും അപൂഹങ്ങളുടെ അടുത്ത് നമ്മളിടക്കളില്ല മല്ലക്ക അയക്കാതിരുന്നു അതേ അവസരത്തിൽ ഇവിടുന്ന് മോളുടെ സ്ഥലത്തിൽ അങ്ങോട്ട് ആൾ പോകുമ്പോൾ മുർത്തലാകും താബി വരെ ആളെത്തി താബിന്റെ അപ്പുറം കളഞ്ഞിട്ടുണ്ടാക്കും ഹസ്സൻ ബസ് വർദ്ധിപ്പിക്കുന്നു ആണ് ഹസുണ്ടായി മുറുത്തലേ അപ്പൊ ഹസൻ ബിക്ക് ശേഷം താബിയാണോ പോയത് താബിയാണോ പോയത് അപ്പൊ നബീസ് തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിന്റെ മെമ്രു പഠിക്കണം എന്തിട്ടുവാണോ ആയത് കാലത്താണ് ജീവിച്ചു കിട്ടുന്നത് അപ്പൊ മുത്തലതും മുറുത്തലും തമ്മിൽ വേർതിരിക്കണമെങ്കിൽ മെമ്ര പഠിക്കേണ്ടി വരും ബാസപ്ര കാണാത്താളെ കണ്ടെന്ന് പറഞ്ഞാൽ കളവാറുണ്ടല്ലോ അതായത് പട്ടനാട അങ്ങനെ ഉമർദാസവടെ അവർ സാദിന്റെ അങ്ങനോട് പക്ഷേ നിങ്ങളോടെ കണ്ടിനാണ് ആ കണ്ടിനും നമ്മൾ എത്ര കൂടി നടന്ന ആളാണ് ശരി അപ്പൊ ഉമർദാസ് ജീവിച്ച ഗാഠവും ഉപ്പർ റപ്പാത്തായ ഗാഠവും ഈ പറഞ്ഞ ആളെ ജീവിച്ചും കാലവപ്പാർത്തം ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ഉം ഉമ്മാരെ വാറ്റി കിടക്കുന്ന കാലം ഉമ്മാരെ വെച്ചുകിടക്കുന്ന കാലത്ത് ഉമ്മർലാഖനെ കണ്ടു എന്നത് ഇത്തരം പറഞ്ഞില്ല ഉമ്മാരെ വറ്റിന്നോ ഉപ്പകരുന്നോ നിങ്ങൾ ഉമർലാദ് കഴിയിരുന്നു ഞാൻ എന്റെ പേര് പറയാം ഉമർലാഖ് ജീവിച്ചത് ഏതാന്ന് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തിനാലിലേയും ഒപ്പാർ ഒപ്പത്തായി ഇറൊന്നാം മാസോ ഇരുപത്തി ഒമ്പതാം ലാബിന്റെ കൊച്ചിയിൽ ഒപ്പത്തായി ഇവരുടെ ജനം നോക്കുമ്പോ ഉമ്മ നോട്ട് കൂടില്ല ആദ്യം നോക്കൂല അപ്പൊ ഇത് സാധവാദിച്ചാലേ അങ്ങനെ ഉണ്ടാരിഹി ഇതെല്ലാം ഏതാണ് ുഹ്മൂ പക്ഷെ ബൽ കുല്ലുഹാം ഈ പുറോത്തിന്റെ കൂടെ അതിൽ പൊടൂലെന്ന് പറയും പരിഷ്കാരാക്കുന്ന നേരത്തെ ഈലോമദ്ദിന എണ്ണിയിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ആക്കുക എന്ന് ഉപയോഗിക്കുന്നു പറയും